അങ്ങനെ തപോനിഷ്ഠനായ ബ്രഹ്മാവിന് ഭഗവാൻ നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണ് ചതുശ്ലോകി ഭാഗവതം ഒൻപതാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശ്ലോകങ്ങളിലൂടെ മനോഹരമായിട്ട് ഭാഗവതത്തിന്റെ എസൻസ് നമുക്ക് കാണിച്ചു ജീവിതത്തിന്റെ പരമാർത്ഥം ആദ്യം നല്ലവണ്ണം മനസ്സിലാക്കണം എന്താണത് അഹമേവാസ് സമേവാഗ്രേ ന്യത്യത് സതസത് പരം പശ്ചാഹം യോ വശിഷ്യേതു സ്ഥിരം ഹൃദേത നീയേത ചത്മനി തദ്വിദ്യത്മനോ മായം യഥാസോ യഥാത്മഹ യഥാ മഹന്തിഭൂത ഭൂതേഷുച്ചാവതേഷനോ പ്രവിഷ്ട്രവിഷ്ടാ തേശു നേഷഹം എവേവ ജിജ്ഞാസ്യം തത്ത് ജിജ്ഞാസുനാത്മന അന്വയവ്യതിരേഖാഭ്യം യൽ സർവത്ര ഈ നാല് ശ്ലോകങ്ങളെയാണ് ചതുശ്ലോകീ ഭാഗവതം എന്ന് പറയാം പാതിനനേ ഭഗവാൻ പറയാണ് ബ്രഹ്മാവേ അഹം എവ ആസം അഗ്രേ ഈ പ്രപഞ്ചമെല്ലാം ഉരുത്തിരിയുന്നതിന് മുമ്പ് ജീവജാലങ്ങളൊക്കെ ശരീരമെടുത്ത് വരുന്നതിന് മുമ്പ് അഹം ഏവ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അല്ല ഏത് ഏതിനു മുമ്പ് സത്ത് അസത്ത് ഇവിടെ സത്തായും അസത്തായും എന്തെല്ലാം കാണുന്നുവോ അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന അന്യത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഭഗവാൻ ഇപ്പം സത്വ അസത്തൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇപ്പൊ അങ്ങെവിടെയാണ് പശ്ചാത് അഹം അതിനുശേഷം ഞാനുണ്ട് ഇനി ഈ സത്തും അസത്തുമൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ എന്താ അവശേഷിക്കുക അഹം ഏവ അവശേഷ്യതേ ഞാനാണ് അവശേഷിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എളുപ്പം മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് മണ്ണും മൺപാത്രങ്ങൾ ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പൊ മണ്ണ് മൺപാത്രങ്ങളോടൊക്കെ പറയുകയാണ് കുറേ ചട്ടികളും കലങ്ങളും മൺ മൺ ഇഷ്ടികകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അവരോടൊക്കെ മണ്ണ് പറയുകയാണ് എന്റെ ഇഷ്ടികഘട്ടകളെ അല്ലെങ്കിൽ മണ്ടപാത്രങ്ങളെ കലങ്ങളെ നിങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നിങ്ങളൊക്കെയായിട്ട് നിൽക്കുമ്പോഴും അപ്പോഴും ഞാനുണ്ട് ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല ഇനി നിങ്ങളൊക്കെ ഉറങ്ങുപോയാലും അവശേഷിക്കുന്നത് ഞാനാണ് ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസമുള്ളത് അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭാഗവതം പറഞ്ഞു തരികയാണ് ഒന്ന് യഥാർത്ഥത്തിൽ ഉള്ളത് ഒന്ന് മണ്ണ് യഥാർത്ഥത്തിലുള്ളതാണ് മൺപാത്രങ്ങളും കലങ്ങളും കുടങ്ങളും ചട്ടികളും അതുപോലെ കട്ടകളും ഉണ്ടാവുന്നതിന് മുമ്പ് മണ്ണുണ്ട് ഇനി ആ ഉള്ള മണ്ണിൽ നിന്ന് ഉണ്ടായതാണ് ചട്ടികളും കലങ്ങളും ഒക്കെ ഒന്ന് ഉള്ളതാണ് മറ്റൊന്നുണ്ടായതാണ് എവിടെ നിന്നാണ് ഉണ്ടായത് മണ്ണിൽ നിന്നാണ് ഉണ്ടായത് ഇനി ഉണ്ടായതെല്ലാം ഉടഞ്ഞു പോയാലും അവശേഷിക്കുന്നത് ഉള്ളത് തന്നെയാണ് വീണ്ടും മഴ വെള്ളത്തിൽ നിന്ന് ഒരു നീർപ്പോള വരുന്ന സമയത്ത് വെള്ളം ഉള്ളതാണ് പോള ഉണ്ടായതാണ് വീണ്ടും ആ നീർപ്പോള പൊട്ടി വെള്ളത്തിലേക്ക് ലയിക്കുമ്പോൾ ഉള്ള വെള്ളത്തിലേക്ക് ചേർന്ന് പോകുന്നു ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം അപ്പൊ വെള്ളം ഉള്ളത് നീർപ്പോള ഉള്ള ഉണ്ടായത് ഇതുപോലെ ഭാഗവതം നമ്മളോട് ചോദിക്കുകയാണ് നമ്മളിൽ ഉള്ളതെന്താണ് ഉണ്ടായതെന്താണ് ഇത് കണ്ടെത്താത്തടത്തളം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധ്യമല്ലാവരെയാണ് ശാരീരികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരം ഉണ്ടായതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിലൂടെ ഉണ്ടായതാണോ ദിവസവും നിങ്ങളൊന്ന് നോക്കൂ അനുഭവത്തിലേക്ക് മനസ്സ് ഉണർന്നില്ലായിരുന്നു ഈ ശരീരത്തിന് ഉണ്ടാവാൻ സാധ്യമല്ല മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല ഈ ശരീരത്തിനിവിടെ ഇരിക്കാൻ സാധ്യമല്ല മനസ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ശരീരവുമായി പ്രവർത്തിക്കാൻ ശരീരത്തിന് സാധ്യമല്ല മനസ്സ് ഉള്ളൊരു മനസ്സിലാണ് ശരീരം ഉണ്ടായി പിന്നീട് മറഞ്ഞു ശിശുവിന്റെ ശരീരം അതുണ്ടായി കുറച്ചുകാലം നിലനിന്നു ആ ശരീരം മാഞ്ഞു പിന്നീട് ബാല്യം വരുന്നുണോ കൗമാരം വരണോ യൗവനം വരണോ ഇങ്ങനെ ഓരോന്ന് മാറി വരുമ്പോഴും എവിടെയാണിതുണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്നത് മന മറയാത്ത എപ്പോഴുമുള്ളൊരു മനസ്സിലാണ് നമുക്ക് കാണാം ശിശുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മനസ്സ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ മനസ്സിലാണ് ആ ശരീരം വന്ന് നിലനിന്ന് മറന്നുപോയത് അല്ലെ ബാല്യം വന്നതും ആ മനസ്സിൽ തന്നെയാണ് യൗവനം വന്നതും അതേ മനസ്സിൽ തന്നെയാണ് കൗമാരൻ വന്നതും അതേ മനസ്സിലാണ് വാർദ്ധക്യം വന്നതും അതേ മനസ്സിലാണ് ഇനി ശരീരം വാർദ്ധക്യത്തിലേക്ക് വന്നാലും മനസ്സ് വാർദ്ധക്യത്തിലേക്ക് വരണമെന്നില്ല അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പറയാറ് മുത്തശ്ശിനെപ്പോഴും കുട്ടികളുടെ സ്വഭാവമാണെന്ന് എന്ന് വെച്ചാൽ ഐസ്ക്രീം കണ്ടാപ്പോഴേക്ക് നാവിൽ വെള്ളം വരും താടിയും മുടിയും പോയാലും പല്ലൊക്കെ കൊച്ചു നല്ലൊരു സദ്യ കാണുന്ന മുത്തശ്ശിന് വീണ്ടും കൊതി വരും എന്ന് വെച്ചാൽ കുട്ടികളുടെ മനസ്സ് അപ്പോഴും ഉള്ളിലുണ്ട് പ്രിയാൻ ശങ്കരാചാര്യ സ്വാമികൾ പറയും അങ്കം കലിതം ഫലിതം തുണ്ടം ശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതിഗൃഹീത് ദണ്ഡം തദപി നശാപിന്തം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമദേ അപ്പോ പല്ലുപോയാലും ചെവി പോയാലും കണ്ണു പോയാലും വൃദ്ധോയാതിഗൃഹീത് ദണ്ഡം ദണ്ഡം പിടിച്ചാലും ആശാപിണ്ടം നമുഞ്ചതി ഉള്ളിലുള്ള ആശകളൊന്നും പോവണമെന്നില്ല അപ്പോഴും തൊണ്ണൂറാമത്തെ വയസ്സിലും മോഹങ്ങൾ ഉണ്ടാവുന്ന പ്രിയാണ് അപ്പൊ മനസ്സിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒരു കുട്ടിയുടെ മനസ്സിന്റെ എല്ലാ സ്വഭാവങ്ങളും ഒരു വൃദ്ധനിൽ ഉണ്ടെങ്കിൽ ആ മനസ്സുണ്ട് പ്രിയാണ് അപ്പൊ ഉള്ളൊരു മനസ്സിലാണ് ശരീരം ഉണ്ടായി നിലനിന്ന് വന്നും മറഞ്ഞും മാറിയും ഇരിക്കുന്നതെങ്കിൽ ശരീരം ഉണ്ടായതാണ് മനസ്സുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ഉള്ള ഒരു മനസ്സിലാണ് ശരീരങ്ങൾ വന്നു പോകുന്നതെന്ന് എത്രയോ ശരീരങ്ങൾ ഉണ്ടായി നിലനിന്ന് ഇതുപോലെ ഈ ശരീരവും എടുത്തു ഇതും വിടും ഇനി മറ്റൊരു ശരീരം എടുക്കുമായിരിക്കാം അതും വരും പോകുന്നവരെയാണ് ഇതൊരു പ്രതിഭാസമായി നമുക്ക് കാണാം ഏതുപോലെ മണ്ണിൽ എത്രയോ മൺപാത്രങ്ങൾ ഉണ്ടായി അതെല്ലാം മുടഞ്ഞ് വീണ്ടും മണ്ണിലേക്ക് ചേർന്ന് വീണ്ടും നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോൾസെയിൽ മർച്ചന്റ് ഷോപ്പിലൊക്കെ വീടുകളിലൊക്കെ ഒന്ന് പോവുക അവിടെ വിഗ്രഹം ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ കുറെ വിഗ്രഹത്തിന് കൃഷി കണ്ടുണ്ടാവില്ല മൂക്കുണ്ടാവില്ല കൈ ഉണ്ടാവില്ല കാലുണ്ടാവില്ല ഇതൊക്കെ പൊട്ടിയത് അവസാനം വരതെന്ത് വീണ്ടും തിരിച്ച് പൊട്ടിയതൊക്കെ അവർക്കെന്നെ തിരിച്ചു കൊടുത്ത് വീണ്ടും ചളിച്ച് അടിച്ച് പൊടിച്ച് ചളയാക്കി വീണ്ടും അതിനെ കുഴച്ച് വീണ്ടും പഴയ പ്രസസ്സിലേക്ക് ചെയ്ത് അവരെ സംബന്ധിച്ച് അവരതൊരു എന്താണ് നല്ല ബോധ്യമുണ്ട് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് മണ്ണുകൊണ്ടാണ് അതിനെ അതിനെ പോയിന്റ് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കുന്നത് എല്ലാ മണ്ണിലാണ് അത് പൊട്ടിയാൽ വീണ്ടും അത് കളിമണ്ണിലേക്കായി വീണ്ടും അതിനെ വീണ്ടും റീമോഡൽ ചെയ്യാം അവർക്ക് അറിയാം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ വിഗ്രഹം പൊട്ടിയാലോ നമുക്ക് വലിയ വേദന വിഷമമായി അവർക്കതൊരു ഫീലിംഗേ ഇല്ല എത്രയാണ് അവർക്കവരുടെ ജീവിതത്തിൽ ബിസിനസിന്റെ പാർട്ട് എന്ന് പറയുകയാണ് ഈ കുന്നംകുളത്തിനടുത്തൊരു സ്ഥലമുണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം കുന്നംകുളത്തിനും പട്ടാമിക്കും അടുത്തൊരു തമിഴ്നാട് ഫാമിലിയാണ് അവർ ഒരിക്കലും ഈ രണ്ട് മാസം ഒരു മാസം മുമ്പ് നമ്മളവിടെ സപ്താഹനത്തിൽ പോയി നോക്കി അപ്പൊ അവരിങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാലുകൊണ്ടൊക്കെയാണ് ചവിട്ടി കഴിക്കുന്നത് നമുക്ക് ദിവസം നമുക്കത് കാണുമ്പോഴല്ലോ ഫീൽ ചെയ്യത് അവർക്കതൊന്നൊരു ഫീലിംഗ് ഇല്ല അവരായിരക്കണക്കിന് കൃഷ്ണനെ ഉണ്ടാക്കണോ ആയിരക്കണക്കിന് ഒരുപ്പിളിമാരെ ഉണ്ടാക്കണോ അവർക്ക് കാലും കയ്യൊക്കെ ഒരുപോലെയാണത് അതുപോലെ മുസ്ലിം കുട്ടികളൊക്കെയാണ് പേ ഇന്ത്യയിലുള്ളത് അവർ അത്ഭുതം തോന്നുന്നെങ്കിൽ മനസ്സിലായില്ലേ നമ്മൾ ഈ ആയിരിക്കും ഭക്തിയിലാണ് അത് ഉണ്ടാക്കുന്നത് അവരെ സംബന്ധിച്ച് അത് ബിസിനസ് ആണത് ആലോചിച്ച് നോക്കൂ നമ്മൾ കാണുന്നത് പോലെയല്ല എന്റെ പരമാർത്ഥം എന്ന് പറയും പോട്ടെ അപ്പൊ മണ്ണിൽ അവർക്കറിയാം മണ്ണിൽ ഉണ്ടാക്കിയ കുറെ അതിനെ അവർ പെയിന്റ് ചെയ്യണോ പോളിഷ് ചെയ്യണോ ദാറ്റ്സ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത് പറയും ശരിയല്ലേ ചിന്തിക്കൂ ഇതുപോലെ ഉള്ളവർ മനസ്സാണ് ആ മനസ്സിപ്പോ ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ പുരുഷന്റെയോ ശരീരം എടുത്തിരിക്കണോ അതച്ചനായും അമ്മയായും ഭാര്യയെയും ഭർത്താവായിട്ടൊക്കെ ജീവിക്കുന്നു ഒരു ദിവസം മനസ്സതിനെ വിട്ടു കഴിഞ്ഞാൽ ശരീരം വിടുട്ട് നമ്മൾ നമ്മുടെ പാട്ടിൽ പോയി എന്ന് പറയുന്നത് ഈ ബോധ്യം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഉള്ള മനസ്സ് ഉണ്ടായ ശരീരങ്ങളെ കൊണ്ടു നടക്കണോ ഏതിനാണ് നാം മുഖ്യം കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ സമാധാനം നമ്മുടെ മനസ്സിന്റെ ശാന്തി നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത ഇതൊക്കെ നാം ഇവിടെ വെച്ച് വിവേകത്തോടുകൂടിയിട്ട് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ സാധ്യമല്ലെന്ന് ഭാഗവതം ഉറപ്പു പറയണോ അങ്ങനെ നമ്മൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഭാഗവതം ശരിക്കും അതിന്റേതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡിസ്റ്റേബൻസ് കുറഞ്ഞേ പറ്റുള്ളൂ ഇവരെയാണ് പക്ഷെ നമ്മളത് കേൾക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ സ്വപ്നം കാണുകയാണ് ഗുരുവായൂരപ്പൻ എന്റെ ദുഃഖങ്ങൾ തീർക്കും ഗുരുവായൂരപ്പൻ എന്റെ വിഷമങ്ങൾ തീർക്കും എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഗുരുവായൂരപ്പൻ നേരേക്ക് കൊടുക്കും എന്റെ ഭാര്യയുടെ സ്വഭാവം ഗുരുവായൂരപ്പൻ നേരേക്ക് കൊടുക്കും എനിക്ക് മക്കളില്ല ഗുരുവായൂരപ്പൻ മക്കളെ തന്ന് അനുഗ്രഹിക്കും അല്ലെങ്കിൽ എനിക്ക് ഭാര്യയില്ല ഭാര്യയായി തന്ന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും ഇതൊക്കെ ഗുരുവായൂരപ്പൻ ഒരു ബ്രോക്കറെ പോലെ ചെയ്തു തരുന്നൊക്കെ ആ രീതിയിലാണ് ഭാഗവതം നമ്മൾ കേൾക്കുന്നതെങ്കിൽ പരിഹാരമാവില്ല പ്രിയാണ് എന്നാൽ നമ്മൾ ഭഗവാൻ പറയുന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് ഒരു ശരീരമെടുത്ത് നിൽക്കുന്നു ആ ശരീരത്തെ എടുത്തിരിക്കുന്നത് ഒരു മനസ്സാണെന്നും ആ മനസ്സിനാണെന്നോ പെണ്ണെന്നോ ആ മനസ്സിന് ജനനമോ മരണമോ ഇല്ലെന്നും പ്രായമോ ഇല്ലെന്നും ഒരു ദിവസം ഈ ശരീരമാകുന്ന കുപ്പായം അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ ഒറ അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ തോല് മനസ്സ് ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥമാണെന്നും അത് പ്രകൃതിയുടെ ഒരു അനസ്യൂതമായ നിയമമാണെന്നൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ നമുക്ക് മറ്റൊരു ദൃഷ്ടിയിൽ കാണാൻ സാധിക്കും അപ്പോ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കാര്യം കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും ആത്മീയ ദൃഷ്ടിയിലൂടെ കാണാൻ സാധിക്കും ഒരു ഫിസിക്സ് പഠിച്ച ഒരാള് ഈ മൈക്ക് കാണുമ്പോൾ അയാൾ പറയും കുറെ ചേർന്നിട്ടുള്ള ഒരു ഇരുമ്പ് ദന്ത് ഇത് വെറും മാത്രമാണ് ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്രൂട്രോണുകളും അയാൾ അതിൽ അതിൽ ഇലക്ട്രിക്കൽ പവറാണ് അയാൾ കാണുന്നത് ചാർജറാണ് കാണുന്നത് ശരിയല്ലേ നമ്മളൊരു ഡോക്ടറെടുത്ത് പോകുമ്പോൾ അയാൾ നമ്മളെ കാണുന്നത് ആരോഗ്യമുള്ള ശരീരം അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തൊരു ശരീരമായിട്ടാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ഒരു കാലിന് മുട്ടിന് വേദനയോ എല്ലിന് എന്തെങ്കിലും കുഴപ്പമായിട്ട് നിങ്ങൾ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയാനാണ് നിങ്ങളൊരു കാര്യം ചെയ്യൊരു ഫോട്ടോ കൊണ്ടുവരുമെന്ന് ഡോക്ടറെടുത്തേക്ക് നിങ്ങൾ ഫോട്ടോ കൊണ്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് പൗഡറൊക്കെ ഇട്ട് മിനക്കിയിട്ട് എടുത്തുള്ള ഡോക്ടർക്ക് കൊടുക്കാനാണല്ലോ മകളുടെ നമ്മൾ പുഞ്ചിരിക്കേണ്ട ഒരു ഫോട്ടോ എടുത്ത് പിറ്റേ ദിവസം കൊണ്ടുവരാം ഡോക്ടറെ നോക്കിക്കോളാം ഫോട്ടോ എന്ന് അയാൾ നാല് ചീത്ത പറന്ന് ഓടിക്കും നമ്മളെ അയാൾ ഫോട്ടോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പിന്നെ മകളുടെ കല്യാണാലോചന നടക്കുകയാണ് ആ സമയത്ത് മോളുടെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്റേ എടുത്ത് കാണിച്ചു കൊടുക്കൂ എന്നാണ് മോളുടെ രൂപം എന്നുള്ളത് പിന്നെ ജീവിതത്തിൽ കല്യാണം നടക്കില്ല കല്യാണം കഴിക്കാൻ വരുന്ന പയ്യന് മോളുടെ എക്സറേ എടുത്ത് കൊടുത്തു പിന്നാൽ അവരെ തലയുത്തി വീണു ഈശ്വരതെന്താ ഈ സാധനം നല്ലത് അപ്പൊ നോക്ക് നമുക്കറിയാം അത് ഡോക്ടറുടെ ദൃഷ്ടി വേറെയാണ് കല്യാണം കഴിക്കാൻ വരുന്ന ദൃഷ്ടി വേറെയാണ് നിങ്ങൾ ജ്വല്ലറി കടയിൽ ചെല്ലുമ്പോ അത് ആളുടെ ദൃഷ്ടി വേറെയാണ് ഇതൊക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയ ദൃഷ്ടിയിൽ ജീവിതത്തെ കൊണ്ടു നടക്കൂ എന്ന് ഭാഗവതം പറയണം എന്തുകൊണ്ടാണ് നമുക്കത് സാധിക്കാത്തത് കാരണം അടുത്ത ശ്ലോകത്തിൽ പറയാണ് ഹൃദേം യത് പ്രതീയേത നദീയേത ചാത്മനി തദ്വിദ്ദാത്മനോ മായാം യഥാഭാസോ യഥാത്തമ ഹൃദേ അർത്ഥം യത് പ്രതീയേത നദീയേത ആത്മനി നാം ഇന്ന് കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ മനുഷ്യ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണുകളാണ് നമ്മുടെ കണ്ണുകളിലൂടെയാണ് പലതും കാണുന്നത് കണ്ണുകളിലൂടെയാണ് പലതും സത്യമാണ് നമുക്ക് തോന്നുന്നത് അതാണല്ലോ നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണല്ലോ ഇന്ന് ലോകം മുഴുവൻ അഡ്വർടൈസ്മെന്റിലേക്ക് തിരിഞ്ഞിരിക്കുക കണ്ണുകളിലൂടെ നമ്മളെ സ്വാ സ്വാധീനിക്കുക വശീകരിക്കുക എന്നുള്ളതാണ് കണ്ണുകളിലൂടെ കാണുമ്പോ നമുക്ക് തോന്നുന്ന ഒരു നല്ലതാണ് ചീത്തയാണ് കണ്ണുകളാണ് നമുക്ക് അറിവ് തരുന്നത് പറയുകയാണ് കണ്ണുകളില്ലായിരുന്നെങ്കിൽ ഈ ലോകം എങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ ആർക്കും കണ്ണുകളില്ല മനുഷ്യർക്കൊന്നും കണ്ണുകളില്ല പിന്നെ ടി വിയിൽ ആവശ്യമില്ല പിന്നെ നമുക്ക് ഇത്രയൊന്നും ഡ്രസ്സിന്റെ ആവശ്യമില്ല കണ്ണുകൾ ആവശ്യമില്ലെങ്കിൽ എന്തിനാ ഇത്രയൊക്കെ ഡ്രസ്സിന്റെ ആവശ്യം ആരാരെ കാണുന്നു ഒരാൾക്കും കുഴപ്പമില്ല പ്രിയണ കണ്ണുകളില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ സ്വാമി എളുപ്പമാണെന്ന് കണ്ണില്ലാതെയൊക്കെ അല്ലേ എന്നുള്ളത് അപ്പൊ നോക്കൂ കണ്ണുകളുള്ളത് ഈ ലോകം ഇങ്ങനെയൊക്കെ വളർന്ന് വികസിച്ചിട്ടുണ്ടാവുക ഇല്ലേ മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഉപകരണമാണ് കണ്ണുകൾ പ്രിയണം ഈ കണ്ണുകളിലൂടെ നമ്മൾ പലതും കാണുമ്പോ നമ്മുടെ മനസ്സ് പറയുന്നു ഇതൊക്കെ പരമാർത്ഥമാണ് പരമാർത്ഥമാണ് എന്നുള്ളത് അങ്ങനെയാണ് നമ്മളൊക്കെ ഓരോ തെറ്റായ അറിവിൽ ഉറപ്പിച്ചു പോയത് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് അവിടെ ജീവിക്കുമ്പോൾ കണ്ണുകൾ പറയാണ് ഈ ഭർത്താവെന്നും കൂടെ ഒരു ദിവസം അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് ജനിക്കുമ്പോൾ അവരെ കണ്ടുവളർന്ന നമ്മുടെ കണ്ണുകൾ നമ്മളോട് പറയാണ് ഈ അച്ഛനും അമ്മയും എന്നും കൂടെ ഉണ്ടാവും ഈ ഭാര്യ എന്നും കൂടെയുണ്ടാവും ഈ മക്കളെന്നും കൂടെയുണ്ടാവും ഈ അറിവിലങ്ങോട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോ എന്ന് ആ അറിവിന് വിരുദ്ധമായൊരനുഭവം ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അന്ന് നമ്മുടെ കണ്ണുകൾ നമ്മളെ വഞ്ചിച്ചതായിട്ട് നമ്മൾ തിരിച്ചറിയും ഞാൻ മനസ്സിലാക്കിയതല്ല ജീവിതം അതിനും അപ്പുറത്ത് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന തിരിച്ചറിവ് ശരിയല്ലേ പറയുന്നത് അപ്പോ കണ്ണുകൾ കാണുന്നത് പരമാർത്ഥമാണെന്ന് തോന്നുന്നത് മായ കൊണ്ടാണെന്ന് തിരിച്ചറിയുമെന്ന് അതെന്താ മായ എന്ന് പറയുന്നത് ഒന്ന് കാണുമ്പോ മറ്റത് കാണില്ല ഇപ്പോ നമ്മൾ പ്രകാശം കാണുന്നു ഇരുട്ട് കാണുന്നില്ല പക്ഷെ നമുക്കറിയാം ഇപ്പൊ സന്ധ്യയിലേക്ക് അടുത്തു വരികയാണ് പ്രകാശം ഇങ്ങനെ മറന്നുകൊണ്ട് ഇരുട്ടിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഒരു ഉച്ച നമുക്ക് കണ്ണ് എന്താണ് ഇരുട്ടിനെ കാണാൻ സാധ്യല്ല പക്ഷെ നിങ്ങൾ ഉച്ച സമയത്തും സൂര്യനിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്പനേരത്തേക്ക് നിങ്ങൾ പ്രകാശം കാണില്ലേ ഇരുട്ട് മാത്രമേ കാണുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ലേ നിങ്ങൾ അങ്ങനെ ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും പ്രകാശത്തിൽ തന്നെ ഇരുട്ടുണ്ട് നിങ്ങൾ അല്പനേരം പ്രകാശത്തിലേക്ക് സൂര്യനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് അനുഭവം വരും ഇതുപോലെ എന്ത് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ടോ അത് വാസ്തവത്തിൽ ഒരു ദിവസം നമ്മളിൽ നിന്നും അകലുന്നതാണെന്ന സത്യം നാം മറന്നു പോകരുതെന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായപ്പോ പിതാവായ വസുദേവൻ അത് തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം തെറ്റിദ്ധരിച്ചൊന്നും കൃഷ്ണൻ കൂടെ ഉണ്ടാവുന്ന നാശം അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വിവേകം വന്നത് ആ സമയത്ത് നാരക മഹർഷിയോട് അഹം കിലപ്പുരാനന്ദം ഞാൻ പണ്ട് എത്രയോ കഷ്ടപ്പെട്ട് തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് എനിക്ക് ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചു പക്ഷേ അപൂജയെന്ന മോക്ഷായ മോഹിതോ ദൈവമായ ഞാൻ ആ പുത്രനെ എന്റെ സ്വന്തം ഉന്നതിക്കു വേണ്ടി ഉപയോഗിച്ചില്ല എന്നും പുത്രൻ കൂടെ ഉണ്ടാവുമെന്ന് എന്ന ആശ്വാസത്തിലും ആ ഒരു പ്രതീക്ഷയുടെ ഞാൻ ജീവിതം നശിപ്പിച്ചു ഇപ്പോൾ ഞാൻ കാണുന്നു ഏതൊരു അവതാര രൂപമെടുത്തിട്ടാണോ കൃഷ്ണൻ ഇവിടെ അവതാര ലീലകൾ ആടിയത് ആ ശരീരം കൃഷ്ണൻ ഉപസംഹരിപ്പിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോഴെനിക്ക് ഭയം വരണോ എല്ലാം വിട്ടുപോവാൻ എന്ന് പറഞ്ഞ നാരദമഹർഷിയുടെ പാദത്തിൽ ചെന്ന് വീണപ്പോഴാണ് നാരദമഹർഷി ജ്ഞാനോപദേശം കൊടുക്കുന്നത് നമുക്ക് പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ അത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ പറയാണ് മായയാണ് നമ്മളെ വശീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മായ എന്ന് പറഞ്ഞാൽ ഒന്ന് കാണുമ്പോ മറ്റത് കാണാതിരിക്കുക മറ്റൊരു പരമാർത്ഥം കാണാതിരിക്കുക ഒരു നാണയത്തിന്റെ ഒരു വശം കാണുമ്പോൾ മറുവശം കാണാതിരിക്കുക ജീവിതത്തിന്റെ ഒരു വശം കണ്ണു കാണിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള മനസ്സിനെ നമ്മൾ അറിയാതിരിക്കുക ജീവിതത്തിന് എപ്പോഴും രണ്ടു വശമുണ്ടെന്നത് മറന്നു മായ എന്ന് പറയുന്നത് ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു രാവിലെ നമ്മൾ ജനിച്ചു വരുമ്പോൾ രാവിലെ ഈ കാര്യം പറയേണ്ടായി നമ്മൾ കാണുന്നു ജീവജാലങ്ങൾ ജനിക്കണോ ജീവിക്കണോ മരിക്കണോ പക്ഷെ പ്രകൃതി എന്നും നിത്യമായിട്ടിരിക്കണോ അല്ലേ ആകാശം വായു വെള്ളം ഇതൊക്കെ നിത്യമായിട്ട് നമ്മൾ കാണുന്നു പക്ഷേ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നമ്മളോട് ചോദിക്കൂ ഈ ആകാശവും വായും വെള്ളവും ഇരിക്കുമ്പോഴും മനുഷ്യനിലും ചിലതെല്ലാം നിത്യമായിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രാദ്ധകർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യ മനസ്സ് മരിക്കുന്നുണ്ടോ മനുഷ്യ മനസ്സ് ജനിക്കുന്നുണ്ടോ ഈ ചിന്തകളൊക്കെ സൂക്ഷ്മമായ ചിന്തകളൊക്കെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും ആചാര്യന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരും ശരീരം ജനിക്കുന്നുണ്ട് ശരീരം ജീവിക്കുന്നുണ്ട് ശരീരം മരിക്കുന്നുണ്ട് മനസ്സൊരിക്കലും ജനിക്കുന്നില്ല മനസ്സൊരിക്കലും മരിക്കുന്നില്ല എങ്ങനെ മനസ്സിലായി മനസ്സ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നുള്ളത് കാരണം ഇന്ന് നാം കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇപ്പോഴുള്ള ശരീരാവസ്ഥയല്ല നാളെ രാവിലെ നമ്മുടെ കൂടെ ഉള്ളത് ഇനി ശരീരത്തിന്റെ എത്രയോ സെല്ലുകൾ മരിച്ചു കഴിഞ്ഞു ഏതെങ്കിലും മുടിയുടെ ഒരംശമെങ്കിലും പ്രായത്തിന്റെ ഇതിലേക്ക് കടന്നിരിക്കണം എവിടെയെങ്കിലും പ്രായത്തിന്റെ ഒരു വെളുപ്പിലേക്ക് മുടി കടന്നിരിക്കണം ഓരോ അംഗങ്ങൾക്കും ചെറിയൊരു ദൗർബല്യം സംഭവിച്ചിരിക്കണം എന്നാൽ ഇന്ന് കിടന്നിറങ്ങാൻ പോകുന്ന മനസ്സ് തന്നെയാണ് നാളെയും ഉണർന്നു വരുന്നത് മനസ്സിലാവണ്ടല്ലോ അതുകൊണ്ട് മനസ്സ് പറയും ശരീരത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോന്ന് പിന്നെ കണ്ണാടിയിൽ നോക്കുമ്പോഴും പിന്നെ വർഷങ്ങൾ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത് ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ നോക്കൂ നമ്മൾ ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോ പഴയ മനസ്സായിട്ടാണ് പോകുന്നത് അതേ മനസ്സായിട്ടാണ് നമ്മൾ ഉണരുന്നത് എന്നാൽ ശരീരം ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്നത് സ്വ നമുക്കോരോരുത്തർക്കും സത്യമായിട്ട് അനുഭവിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ട് പറയാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ ഇതാണ് പരമാർത്ഥമെങ്കിൽ ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ് എന്ത് വേണം സത്യത്തിലേക്ക് ഉയരണം അതെന്താണ് സത്യം യഥാ മഹാന്തി ഭൂതാനേ ഭൂതേഷുച്ഛാവോ പ്രവിഷ്ടാന പ്രവിഷ്ടാനേ തഥാത്തേഷു നേഷം ഇത് കുറേയും കൂടി സൂക്ഷ്മമായ ചിന്തയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ കാവിലയൂപാക്കിയാണ് നല്ലവണ്ണം പഠിക്കണം അല്ലാത്തൊരാൾക്കൊരു മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും ഭാഗവതം കഥ കേൾക്കാൻ ബുദ്ധിമുട്ടില്ല അതിനെ താത്വികമായി മനസ്സിലാക്കാൻ നല്ലവണ്ണം സൂക്ഷ്മ ബുദ്ധി വേണം കാരണം അല്ലെങ്കിൽ അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല നമുക്കതൊക്കെ എന്താണ് ഒരു എന്തോ ഒരു ആവശ്യമില്ലാത്ത സിദ്ധാന്തങ്ങൾ പോലെ തോന്നുന്നത് പറയണം അതെന്താ ഇവിടെ പറയുന്നത് യഥാ മഹാന്തിഭൂതാനി എപ്രകാരമാണോ പഞ്ചമഹാഭൂതങ്ങൾ ഓരോ രൂപങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ആ രൂപങ്ങളെ നിലനിർത്തിയിട്ട് വീണ്ടും പഞ്ചമഹാഭൂതമായി തീരുന്നത് അതുപോലെയാണ് ഈശ്വര ചൈതന്യവും നമ്മളിൽ നിന്ന് എല്ലാത്തിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിലും അത് കുടുങ്ങി നിൽക്കുന്നില്ല കുരുങ്ങി നിൽക്കുന്നില്ല സ്വതന്ത്രമായി നിൽക്കുന്നു ഈ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും മനസ്സ് ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു കുരുങ്ങി നിൽക്കുന്നു മനസ്സ് ഈ ശരീരത്തിലൊന്നും കുരുങ്ങി നിൽക്കുന്നില്ല എപ്പോ വേണമെങ്കിലും ഈ ശരീരത്തെ വിട്ടുപോവാനുള്ള സ്വാതന്ത്ര്യം മനസ്സിനുണ്ട് ചെറിയൊരാക്സിഡന്റ് മതി ഈ ശരീരത്തെ വിട്ടുപോകും മനസ്സ് നോക്കൂ നിങ്ങൾ ആ ഒരു ധൈര്യമല്ലേ ആളുകൾ ആത്മഹത്യ പ്രേരിപ്പിക്കുന്നത് ഈ ശരീരത്തെ അതിൻ്റെ പ്രാണന്റെ പ്രവർത്തനങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ മനസ്സ് ശരീരം വിട്ടുപോയി എപ്പോ മനസ്സിന്റെ സാന്നിധ്യം ഈ ശരീരം വിട്ടുപോയോ പിന്നെ അത് ശവമായി തീർന്നു അപ്പം നമ്മൾ നടക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ മനസ്സ് ശരീരത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു ഒതുങ്ങി നിൽക്കുന്നു വാസ്തവത്തിൽ മനസ്സ് എന്നും സ്വതന്ത്രമാണ് സ്വതന്ത്രമായ മനസ്സുമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് പരമാർത്ഥം മറന്നു പോകരുതെന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ് എപ്പോ വേണമെങ്കിലും ശരീരം വിട്ടുപോകാൻ ഈ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പിന്നെന്തിന് നമ്മളതിനെ വേദനിപ്പിക്കണം ആ മനസ്സിനെ എന്തുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചുകൂടാ എന്തുകൊ നമ്മൾ കരയണം കരഞ്ഞാലും ഈ ശരീരത്തെ മനസ്സ് വിട്ടുപോകും സന്തോഷിച്ചാലും ഈ ശരീരത്തെ മനസ്സ് വിട്ടുപോവും ഇല്ലേ ശരിയല്ലേ ഏത് മനസ്സാണ് ഏത് ശരീരത്തിലാണ് ഒതുങ്ങി നിന്നിട്ടുള്ളത് പിന്നെന്തിന് നമ്മൾ ഈ ശരീരത്തെക്കുറിച്ചിരുന്ന് ദുഃഖിക്കണം മനസ്സിനോട് പറയുന്ന മനസ്സെ നീ അഴിച്ചു വയ്ക്കുന്ന കുപ്പായമാണ് അതിനെക്കുറിച്ച് നീ ദുഃഖിച്ചിട്ട് കാര്യം ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ശക്തിയും ധൈര്യവും നമ്മുടെ മനസ്സിന് നമുക്ക് കൊലക്കു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസ്സൊരിക്കലും ശരീരത്തിൽ കുരുങ്ങി നിൽക്കില്ല ഭർത്താവ് മരിച്ച് ഭാര്യ ദുഃഖിക്കുമ്പോൾ ഭാര്യയുടെ ശരീരത്തിൽ മനസ്സിനെ കുരുക്കിയിടുകയാണ് അവർ ഒരു ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ദുഃഖിക്കുകയാണെങ്കിൽ ഭർത്താവ് എന്ന ചിന്തയിൽ മനസ്സിനെ കുരുക്കിയിടുകയാണ് അയാൾ എന്നാൽ അയാൾക്ക് തോന്നുകയാണ് ഭാര്യയുടെ ശരീരം വിട്ട് ഭാര്യയുടെ മനസ്സ് പോയതുപോലെ എന്റെ മനസ്സും ഒരു ദിവസം എന്റെ ശരീരം വിട്ടുപോകും ഞാനതിനെന്തിന് ദുഃഖിക്കണം എന്റെ ശരീരം പോലും എനിക്ക് സ്വതന്ത്രമല്ല പിന്നെന്തിനും ദുഃഖിക്കണം എന്ന ചിന്താഗതി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആരും ആർക്കും ദുഃഖത്തിന് കാരണമല്ല എന്ന് നേരത്തെ ദ്വിജൻ പറഞ്ഞ കാര്യം നമുക്ക് ബോധ്യം വരുന്നവരിയാണ് ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ സൂക്ഷ്മ ചിന്തകൾ ഇതൊക്കെ ഗ്രഹിക്കാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാൻമാരാണ് ഇല്ലെങ്കിലോ പോയി പറയാനൊരവസരം നമുക്ക് നഷ്ടപ്പെട്ടു വരികയാണ് ഏതായാലും ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേഖാഭ്യാം സർവത്ര സർവത സർവത എല്ലായ്പ്പോഴും ഇതുതന്നെയാണ് നല്ലവണ്ണം വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത് എന്താണ് ഉറപ്പിക്കേണ്ടത് തത്വജിജ്ഞാസ തന്റെ ജീവിതത്തിനെ കൊണ്ടു എന്താണെന്ന കാര്യം താത്വികമായി മനസ്സിലാക്കി ജീവിക്കുക എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം മുഴുവൻ എന്റെ ചിന്തകളാണ് എന്റെ മനസ്സാണ് അതിനെ ഞാൻ മനസ്സിലാക്കി അതിനെ നേരെ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ ദുഃഖവും വിഷമവും അസ്വസ്ഥതയും ടെൻഷനും പ്രയാസവും എന്റെ ജീവിതത്തിൽ കടന്നുവരും അതിനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെയായിരുന്നാലും എന്തൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിലും എന്നെ അസ്വസ്ഥമാക്കാൻ ആർക്കും സാധ്യമല്ല ഈ പരമാർത്ഥം നമുക്ക് ബോധ്യം വരും അപ്പൊ നമുക്ക് മനസ്സിലാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത കാര്യം അർജുനനോട് പറയും ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദേദ് ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ റിപുതാത്മന ഏ അർജുന നീ തന്നെ വേണം നിന്നെ ഉയർത്താൻ ആരും തന്നെ ഉയർത്തുന്നൊന്നും വിചാരിക്കേണ്ട കൃഷ്ണൻ സുഹൃത്താണ് കൃഷ്ണൻ നിന്റെ കൂടെ നടക്കുന്നവനാണ് എന്നൊന്നും വിചാരിക്കേണ്ട നീ തന്നെ വിചാരിച്ചാലേ നിന്നെ ഉയർത്താൻ പറ്റുള്ളൂ കാരണം ആത്മനാ ആത്മന ബന്ധു നീയാണ് നിന്റെ ബന്ധു ദുഃഖിച്ചു നീ തന്നെ നിന്റെ ശത്രു ദുഃഖത്തിലും നിനക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ നീ നിന്റെ ബന്ധു നമുക്ക് ഈ ഒരു പരമാർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം നമ്മളാണ് നമ്മുടെ ബന്ധു നമ്മളാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവദിച്ചാലേ നമ്മുടെ മനസ്സ് ദുഃഖിക്കുകയുള്ളൂ പറയാണ് നമ്മൾ നല്ലത് ചിന്തിക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ ദുഃഖത്തിനും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമുക്ക് ബന്ധുവായി തീർന്നോ പറയാണ് ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിലിരിക്കുന്നു കാഴ്ചപ്പാട് മാറ്റാനാണ് ഭാഗവതം പറയുന്നത് ഒരിക്കലൊരു രാജാവ് തൻ്റെ പുത്രൻ പതിനാറ് വയസ്സായപ്പോ യുവരാജാവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു കുട്ട നീ ഒരു കാര്യം ചെയ്യൂ ഒരു ദിവസം നീ കൊട്ട രാജ്യമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരൂ പ്രജകളുടെ ജീവിതമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരൂ ശരി അച്ചാന്ന് പറഞ്ഞു കുട്ടിക്ക് വളരെ ഉത്സാഹമായി അവൻ കുതിരപ്പുറത്ത് കയറി മന്ത്രിയോട് പറഞ്ഞു ദൈ ശ്രദ്ധിക്കണം അവനെ വേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ അവനെ കൊണ്ടുവരണമെന്ന് അങ്ങനെ മന്ത്രി യുവരാജാവനെയും കൊണ്ട് കൊട്ടാരത്തിന് പുറത്തിറങ്ങി അങ്ങനെ കറകി കറകി കറകി തല ദിക്കലും പോയപ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ യുവരാജാവ് ചെറുപ്പക്കാരൻ പറഞ്ഞു രാജാവ് പറയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കുറച്ച് നടക്കണം എന്നെ ഒന്ന് ശത്തിലും ഒരുപാട് പൂന്തോട്ടമുണ്ട് എനിക്കതൊക്കെ ഒന്ന് കാണണം എന്ന് അങ്ങനെ അവിടെ ഇറങ്ങി അങ്ങനെ നടക്കാൻ തുടങ്ങി നടക്കുമ്പോ കാലില് പലതും കുത്താൻ തുടങ്ങി കല്ലായിട്ടും മുള്ളായിട്ടും പലതും പലതും കുത്താൻ തുടങ്ങി ഈ സമയത്ത് ചെറുപ്പക്കാരനായ യുവരാജാവ് പറയാണ് നിങ്ങൾ മന്ത്രിമാര് ഇത്രയും വലിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിച്ച് എന്തുകൊണ്ട് നീക്ക് വീടുകളൊക്കെ വൃത്തിയാക്കി വെച്ചുകൂടൊക്കെ ഇതുപോലെ പോളിഷ് ചെയ്ത് വെച്ചുകൂടാ എങ്ങനെയാ ഈ കല്ലും മണ്ണൊക്കെ അവിടെ നിറച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്റെ അച്ഛൻ്റെ അടുത്ത് ശമ്പളവും വാങ്ങിച്ച് നിങ്ങൾ തീരെ നന്ദിയോടാണല്ലോ കാണിക്കുന്നത് ഞാനിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ലേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്ന് ഉടനെ മന്ത്രി പറഞ്ഞു യുവരാജൻ ഞങ്ങൾ ക്ഷമിക്കണം ചെറിയൊരു തെറ്റ് ഞങ്ങൾക്ക് നിർദ്ദേശം തരേണ്ടത് രാജാവാണ് രാജാവ് നിർദ്ദേശം തരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് അച്ഛൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടാ യാത്രയൊക്കെ എന്ന് ഉന്നെ പറയാണ് എന്തിന് കൊള്ളാ അച്ഛ അച്ഛന്റെ രാജ്യം കല്ലും മണ്ണും മുള്ളും നിറഞ്ഞിരിക്കുന്ന വീതികൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ അച്ഛന് അതൊക്കെ നല്ലവണ്ണം സിമെന്റ് ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല സുന്ദരമാക്കി വെച്ചാൽ എത്ര നന്നായിരിക്കും അല്ലെങ്കിൽ ആ കണ്ണും കല്ലും മണ്ണും ഒക്കെ അവിടുന്ന് വേറെ എവിടെയും കൊണ്ടുവരിക എന്നിട്ട് നല്ല വീതികളാക്കി വെച്ചുകൂടെയാണ് ഉണ്ണെ അച്ഛൻ പറയാണ് കൊട്ടി നമ്മളെല്ലാ കൊല്ലും ഇങ്ങനെ വീതികൾ നേരെയാക്കാറുണ്ട് അവിടുത്തെ കല്ലുകളൊക്കെ എടുത്ത് നീക്കം ചെയ്യാറുണ്ട് പക്ഷേ അടുത്ത മഴ വരുമ്പോ വീണ്ടും കല്ലുകളൊക്കെ വരും കല്ലുകളെ മാറ്റാൻ ഒരിക്കലും ഇതേവരെ ആർക്കും സാധിച്ചിട്ടില്ല കുട്ടി ഒരു കാര്യം ചെയ്യുക ഇനി പുറത്തു പോകുമ്പോൾ ഒരു ഷൂ ധരിച്ചുകൊണ്ട് പോവുക അവിടുത്തെ കല്ലുകളൊക്കെ എടുത്തു മാറ്റുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാലിൽ ഒരു ഷൂ ധരിച്ചു പോകലാണ് എന്നാൽ പിന്നെ ഇനി കല്ലുകളൊന്നും കുത്തില്ല അപ്പോ തന്റെ കാലിൽ ചെറിയൊരു ഷൂ ധരിക്കുന്നതിന് റോട്ടിലുള്ള കല്ലുകളൊക്കെ എടുത്ത് നീക്കാൻ പോകുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനേ സമയമുണ്ടാവുള്ളൂ ഫ്രിയാണ് ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കാതെ വിഷമങ്ങളൊക്കെ മറ്റുള്ളവർ ശരിയായ തീരും എന്ന് വിചാരിക്കുന്നത് അത് വിവേകമില്ലായ്മയാണ് ഇതൊക്കെ ശരിക്കും സൂക്ഷ്മമായതുകൊണ്ട് ഗ്രഹിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ വച്ച് ഈ ഭാഗവതം നമുക്ക് അനുഗ്രഹമേകും എന്ന് പറഞ്ഞ് ഇവിടെ ചതുശ്ലോകി ഭാഗവതം ഉപസമ്മരിപ്പിക്കുന്നു അതിനുശേഷം പത്താമത്തെ അധ്യയത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഇവിടെയാണ് ഭാഗവതത്തിന്റെ മഹത്വം ഒന്നുകൂടി വിപുലീകരിച്ച് പറയുന്നത് പറയുന്നു ശ്രീമൽ ഭാഗവതം പുരാണങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമാണ് മഹാപുരാണമാണ് ഇത് മഹാപുരാണമായി തീർന്നത് ഇതിനെ മഹാപുരാണമാക്കി വെക്കുന്ന പത്ത് ലക്ഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ പത്ത് ലക്ഷണങ്ങൾ പത്താം അധ്യായം ആരംഭിക്കുന്നത് ഈ ലക്ഷണങ്ങളെ പറഞ്ഞുകൊണ്ടാണ് അത്രസർഗോ വിസർഗസ്ത സ്ഥാനം പോഷണമോദയ മന്നര ഈശാനകത നിരോധോ മുക്തിരാശ്രയ സർഗം വിസർഗം സ്ഥാനം പോഷണം ഉദയ മന്നരം ഈശാനകഥ നിരോധം മുക്തി ആശ്രയം തുടങ്ങിയിട്ടുള്ള പത്ത് പടികളിലൂടെയുള്ളൊരു യാത്രയാണ് ഭാഗവതം നമ്മെ ഭാഗവതം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേത് പടിയിലേക്കാണ് നാം കയറേണ്ടത് ആശ്രയം എന്ന് പറയുന്ന പടിയിലേക്കാണ് ആശ്രയം എന്ന് പറഞ്ഞാൽ ആ എന്ന ശബ്ദത്തിനർത്ഥം ഭഗവാനാണ് ആ ഭഗവാനെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുക ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പ്രേമത്തോടെ സ്മരിക്കുക പ്രേമസ്മരണയിൽ ജീവിക്കുക അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എല്ലാ വിഷമങ്ങളെയും അഭിവർത്തിക്കാനുള്ള മാർഗം ഭഗവാനെ സ്മരിച്ച് ജീവിക്കുന്ന ഏത് ജീവിതത്തിൽ ജീവിച്ചാലും ജീവിതം അവർക്കൊരു ഭാരമല്ല ഞാൻ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾ സ്മരിക്കുന്നുണ്ടോ എന്നറിയില്ല ഒരു പക്ഷിയുടെ കഥ ഞാൻ ഒരിക്കൽ പറയേണ്ടായി ഒരു പക്ഷി ഒരിക്കല്ലോ കുറേ ആകാശത്തിൽ കറങ്ങി കറങ്ങിയൊരു പരുന്ത് കറങ്ങി കറങ്ങി കറങ്ങി അവസാനം ക്ഷീണിച്ചവശമായപ്പോൾ ഒരു കൊമ്പിൽ വന്നിരിക്കേണ്ട ഒരു വൃക്ഷക്കൊമ്പൽ വന്നിരുന്നതും അല്പ നേരം കൊണ്ടൊരു ആ കൊമ്പ് താഴേക്ക് പൊട്ടി വീണു പക്ഷേ കൊമ്പ് പൊട്ടി വീണിട്ടും പക്ഷി ഒരിക്കലും താഴോട്ട് വീണില്ല ആ പക്ഷി ഉടനെ തന്നെ പറന്ന് ഉയർന്നു അവിടെ നിന്ന് പക്ഷി തൻ്റെ രണ്ട് കാലുകൾ വൃക്ഷക്കൊമ്പൽ വെച്ചിരിക്കുമ്പോഴും പക്ഷിക്കറിയാമായിരുന്നു തനിക്ക് ആശ്രയം തന്റെ തന്നെ ചിറകുകളാണെന്ന് അതുകൊണ്ട് കൊമ്പ് പൊട്ടി വീണിട്ടും പതരാത്ത തകരാത്ത പക്ഷിയെ നമുക്ക് കാണാം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളിലും തൂങ്ങി നിൽക്കുമ്പോഴും മനസ്സുകൊണ്ട് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടൊക്കെ തൂങ്ങി നിൽക്കുമ്പോഴും ആശ്രയിക്കേണ്ടത് പ്രേമിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് സ്മരിക്കേണ്ടത് ഭഗവാനെയാണെന്ന പരമാർത്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ സ്മരണയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഏതെല്ലാം കൊമ്പിൽ ചെന്നിരുന്നാലും ഏതെല്ലാം കൊമ്പുകൾ പൊട്ടി വീണാലും നമ്മൾ ഒരിക്കലും തളർന്നു പോവില്ല എന്ന് പറയുന്നത് ഈ തലങ്ങളിലേക്ക് ഉയർന്നതുകൊണ്ടാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് തളരാതിരുന്നത് തന്റെ വസ്ത്രം അഴിച്ചു മാറ്റുമ്പോഴും നിണ്യമായ പ്രവൃത്തി ദുശാസനം ചെയ്യുമ്പോഴും അപ്പോഴും അവര് ഭർത്താക്കന്മാരെ നോക്കിക്കൊണ്ടല്ല കരഞ്ഞത് ഭീമനെപ്പോലെ ശക്തനായിട്ടുള്ള ഒരാളിരിക്കുന്നു അർജുനെ പോലെ അസ്ത്ര അസ്ത്രേമനായിട്ടൊരാളിരിക്കുന്നു ധർമ്മിഷ്ഠനായ ധർമ്മപുത്രനിരിക്കുന്നു സഹോദരന്മാരുടെ ശാസനം ഏറ്റെടുത്തെന്തും ചെയ്യാൻ തയ്യാറുള്ള നകുലനും സഹദേവനെ രൂപിക്കുന്നു ഇതൊക്കെ ഇരിക്കുമ്പോഴും ആ പാഞ്ചാലി തന്റെ ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് കരന്നുള്ളൂ പ്രിയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭഗവത് സ്മരണയിൽ പ്രേമത്തിലൂന്നിയ സ്മരണയിൽ നമുക്ക് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ും പതറാത്തൊരു മനസ്സിന്റെ ഉടമകളായി തീരും ശക്തിയുള്ള മനസ്സിന്റെ ഉടമകളായി തീരുമെന്ന് ഭാഗവതം നല്ലവണ്ണം ഉത്ബോധിപ്പിക്കുകയാണ് ഇത് ഇനി നമ്മൾ മൂന്നാമത്തെ സ്കംഭത്തിലേക്ക് കിടക്കുന്നു അവിടെയാണ് സൃഷ്ടിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത് ചോദ്യങ്ങൾ ഒന്നാമത് സൃഷ്ടി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളത് മൂന്നാമത്തത് സൃഷ്ടി ശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ വിശദീകരിച്ച് പറയാണ് നമുക്ക് നാളത്തേക്ക് വളരെ വിസ്തരിച്ച് കാണാം ആദ്യത്തെ ചോദ്യത്തിനുത്തരം സൃഷ്ടി മുഴുവൻ ആരംഭിക്കുന്നത് ചിന്തകളിൽ നിന്നാണ് മനസ്സിന്റെ കാമനകളിൽ നിന്നാണെന്ന് പറയാണ് മനസ്സിൽ കാമമെന്നൊരു വികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ശരിയല്ലേത് ഒരു സ്ത്രീയും പുരുഷനും അവർക്ക് കാമം മനസ്സിൽ വരുന്നില്ല എങ്കിൽ എവിടെയാണ് സൃഷ്ടി ഉണ്ടാവുക ഏത് ജീവജാലങ്ങളിലും നിങ്ങൾ നോക്കൂ കാമമെന്ന വികാരമല്ലേ ഒരു സൃഷ്ടിക്ക് പ്രേരണ നൽകുന്നത് കാമമെന്നൊരു വികാരമില്ലായിരുന്നുവെങ്കിൽ ഈ ലോക ലോകത്തിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്നൊരു സംഭവം നടക്കില്ലായിരുന്നു കാമം മനസ്സിന്റെ വികാരമാണ് ചിന്തയാണത് അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്ന് ഭാഗവതം പറയുന്നു ഇനി രണ്ടാമത് സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ തീർച്ചയായിട്ടും എന്ന് പറയണ മനസ്സിന്റെ സ്വഭാവം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും സൃഷ്ടിയിലുള്ള ആളുകളുടെ സ്വഭാവവും ഒരു സ്ത്രീയുടെ മനസ്സിൽ ആസുരികമായ സ്വഭാവമാണ് പ്രബലമെങ്കിൽ തീർച്ചയായിട്ടും അതിലുണ്ടാവുന്ന കുട്ടികളിലും ആസുരിക സംസ്കാരം പ്രബലമായിരിക്കും ഈ കഥയാണ് നമുക്ക് നാളെ കാണാനുള്ളത് വിധി എന്ന് പറയുന്ന സ്ത്രീയിൽ കശ്യപ പ്രജാപതി എന്ന് പറയുന്ന ബ്രാഹ്മണൻ കശ്യപൻ എന്ന് പറയുന്ന ബ്രാഹ്മണന് അസുരക്കുട്ടികളുണ്ടായി എന്ന കഥ നമുക്ക് കാണിച്ചു തരുകയാണ് ഒരേ അച്ഛന് കുറേ കുട്ടികൾ ഒരമ്മയിലുണ്ടാവുന്ന കുട്ടികൾ ദേവന്മാരും ഒരമ്മയിലുണ്ടാവുന്ന കുട്ടികളൊക്കെ അസുരന്മാരും അതെന്താണ് അതിന് നിശ്ചയിച്ചത് ആ അമ്മയുടെ സ്വഭാവ വിശേഷം സൃഷ്ടിയെ സ്വാധീനിക്കുന്നു എന്നത് കണ്ടെത്തിയ ഒരു പൂർവികന്മാരുടെ സംസ്കാര ഭൂമിയാണ് ഭാരതം ഇന്ന് രാവിലെ നമ്മൾ വ്യാസന്റെ കഥ പറഞ്ഞപ്പോൾ പാണ്ഡവന്മാർ കൗരവ വംശത്തിന്റെ കഥ പറഞ്ഞപ്പോ വ്യാസർ പുത്രോൽപാദനം ചെയ്തു എന്ന് പറയേണ്ടായി അപ്പൊ അമ്പികയിലും അംബാലികയിലും ഒരു ദാസയിലൂടെ മൂന്ന് പുത്രന്മാർക്ക് ജന്മം കൊടുത്തപ്പോൾ നിങ്ങളെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും വ്യാസരെ പ്രാപിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വൃത്ത മനസ്സോടുകൂടിയിട്ട് പ്രാപിച്ചുവെന്നും ആ വൃത്ത മനസ്സോടുകൂടി പ്രാപിച്ചപ്പോൾ ധൃതരാഷ്ട്രം എന്ന് പറയുന്ന പുത്രനുണ്ടായെന്നും മറ്റൊരു സ്ത്രീ വിളറിപ്പോയി എന്നും അതിലുണ്ടായ പുത്രൻ പാണ്ഡുവായി തീർന്നെന്നും പിന്നീട് ഭക്തിയാദരവോടുകൂടിയിട്ട് ഭക്താവിനെ പോലെ ഒരു ആദര ആദരണീയന പുരുഷനെപ്പോലെ വ്യാസരെ കണ്ട് അതിൽ നിന്നുണ്ടായ പുത്രൻ ധർമ്മിസ്ഥനായി തീർന്നുമെന്നും ഭാരതം നമുക്ക് കഥ പറഞ്ഞു തരുമ്പോൾ സൃഷ്ടിയുടെ സ്വഭാവം നിശ്ചയിക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം അത് മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് വാസ്തവത്തിൽ ആധുനിക ബയോളജി ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ സംസ് ലോകത്തിൽ ക്രൂരന്മാരും ദുഷ്ടന്മാരും നീജന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറേ കാരണം അമ്മമാരും ഒക്കെ തന്നെയാണെന്ന് പറയുകയാണ് അവരുടെ മനസ്സിലുള്ള ദുർബല വികാരങ്ങളിലൂടെ ഒരു കുട്ടിയുണ്ടാവുമ്പോൾ ആ കുട്ടിക്കും അങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ തോന്നിയേ പറ്റുള്ളൂ എന്ന് പറയാണ് ഉത്കൃഷ്ട വികാര വിചാരങ്ങളുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന കുട്ടികൾക്കും അങ്ങനെയൊക്കെയുള്ള വികാര വിചാരങ്ങൾ ഉണ്ടായേ എന്ന് പറയുകയാണ് ഏതായാലും മൂന്നാമത്തത് സൃഷ്ടിയെ സ്വാധീനിച്ചിരിക്കുന്ന ശക്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് കാലമാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ഉണ്ടായിട്ടുണ്ടോ അതെത്ര കാലം നിലനിൽക്കണം എങ്ങനെ പോവണമെന്നത് കാലത്തിന്റെ നിശ്ചയമാണ് ആർക്കും അതിൽ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയാണ് അപ്പൊ ഞാനും നിങ്ങളും ജനിച്ചപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോവണം എന്നുള്ളത് എക്സ്പയറി ഡേറ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മാറ്റാൻ പറ്റില്ലത് ഓൾറെഡി പ്രിന്റഡാണ് അതെങ്ങനെ എക്സ്പയർ ആവണം അതും പ്രിന്റഡാണ് അതവിടെ തലയിലെഴുത്ത് നമ്മൾ പറയാറില്ല വിധി എന്ന് പറയുന്നത് ആർക്കും അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിനിവിടുന്ന് സിംഗപ്പൂരിൽ പോയാലും മരിക്കാൻ യോഗം കേരളത്തിലാണെങ്കിൽ ആ നിമിഷം ഇവിടെ എത്തിച്ചേരും നമ്മൾ അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഉള്ളൊരു കാര്യമല്ല എന്ന് പറയണം അതെങ്ങനെ എവിടെ വെച്ച് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല മലേഷ്യയിൽ ഒരു മലയാളിന്റെ രമൻ നായിരുന്നു അവർട്ട് വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം അദ്ദേഹം കുറേ കാലമായിട്ട് അവിടെ സെറ്റിൽ ചെയ്തു അദ്ദേഹം പത്തൊൻപത് പത്തെഴുപത് വയസ്സായി അദ്ദേഹത്തിന് കുറേ ബിസിനസ് ശാഖകൾ മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ ജീവിതം നയിക്കുന്ന വ്യക്തി ഏറെക്കുറെ ഈ തൃശൂരിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം കുറേ കാലമായിട്ട് അവിടെ സെറ്റിൽ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് മെഡിക്കൽ തോന്നി തീർത്ഥാടനമൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ തീർത്ഥാടനത്തിന് വേണ്ടി ഇന്ത്യയിൽ വരികയാണ് ഇവിടെ വെച്ചിട്ട് ആൾ ക്ലോസ് ആവുകയും ചെയ്തു അപ്പോൾ നമുക്ക് മരിക്കാനായിട്ട് അവിടുന്ന് വന്നതുപോലെ ഇത്രയും കാലം കേരള ഇന്ത്യയിലേക്ക് വരാത്തൊരു വ്യക്തി മരിക്കാൻ വന്നതുപോലെ ഈ എറണാകുളത്തിലുള്ള ഒരു ഫാമിലി നിക്കോബാർ ദ്വീപിൽ വെച്ചിട്ട് ഈ ഇതിൽ മരിക്കേണ്ടായി നമ്മുടെ സുനാമിയിൽ വെച്ച് മരിക്കേണ്ടായി ഒരു ക്രിസ്ത്യൻ ഫാമിലി അത് മകന്റെ ആഘോഷിക്കാൻ പോയതാണ് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോയതാണ് എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന മകന്റെ കൂടെ എല്ലാവരും വാഷൗട്ട് ചെയ്ത് പോയി എന്ന് പറയുകയാണ് അപ്പൊ നോക്കൂ ഏതൊരു നിയോഗം പോലെ അദ്ദേഹം അവിടെ ചെല്ലണോ അവിടെ വെച്ചിട്ട് അതിൽ വെച്ച് മരിക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കാലത്തിന്റെ നിശ്ചയത്തെ തട്ടിമാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയാണ് ീ മൂന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ സൃഷ്ടിയുടെ രഹസ്യം നമുക്ക് പിടികിട്ടും അപ്പൊ പറയാണ് അതെന്തിനാണ് ഈ സൃഷ്ടിയുടെ രഹസ്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ സൃഷ്ടിയില് കാലത്തിന്റെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നതെങ്കില് ഇതൊക്കെ മനസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കില് നമ്മള് ജീവിക്കേണ്ടതും മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് പറയണം അതായത് നമുക്കിവിടെ രണ്ട് രീതിയിൽ ജീവിക്കാൻ സാധിക്കും ഒന്ന് നിസ്വാർത്ഥരായിട്ട് ജീവിക്കാൻ സാധിക്കും രണ്ട് സ്വാർത്ഥരായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നമുക്ക് നമ്മുടെ മാത്രം നമ്മളായിട്ട് ബന്ധപ്പെട്ടവരുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ജീവിക്കാം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും അപ്പോ ഇവിടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നന്മയിലേക്ക് നിറയുന്ന മനസ്സ് അവസാന നന്മയിലേക്ക് തന്നെ പോവുന്ന പറയാണ് സ്വാർത്ഥതയിലേക്ക് നീങ്ങുന്ന മനസ്സ് വീണ്ടും വീണ്ടും സ്വാർത്ഥതയുടെ ശരീരങ്ങളെടുത്തുകൊണ്ടുവരണം എന്ന് പറയാണ് സ്വാർത്ഥത നിറഞ്ഞ ശരീരങ്ങളെയാണ് ഭാഗവതം ആസുരിക ജീവിതം എന്ന് പറയുന്നത് സ്വാർത്ഥത കുറഞ്ഞ ജീവിതത്തെയാണ് ഭാഗവതം ൈവീക ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ദേവന്മാരെന്നൊക്കെ പറയുന്നത് തലയിൽ സ്വർണ്ണക്കിരീടവും അതുപോലെ ക്ലീൻ ഷേവും ചെയ്ത് വെളുത്ത തോലുള്ള കുറേ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ആളുകളല്ല പറയാണ് ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ ദേവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധ മനസ്സുള്ളവൻ നല്ല മനസ്സുള്ളവൻ അർത്ഥം അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിലോരോരുത്തരിലുമുണ്ട് ഈ സ്വാർത്ഥത നമ്മളിൽ ഓരോരുത്തരിലും നിസ്വാർത്ഥതയുണ്ട് ആരുമില്ല അതിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ എന്ന് അപ്പൊ ഏതിനെയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത് അതിൽ നിസ്വാർത്ഥതയെ നമുക്ക് പോഷിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വര ഭക്തി ആ ഒരു ശക്തിയെ നാം ഉണർത്തേണ്ടതുണ്ട് ഭക്തിയിലൂടെ മാത്രമേ നിസ്വാർത്ഥത വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നത് കണ്ടുകൊണ്ടാണ് ഭഗവാൻ ആദ്യം തന്നെ വരാഹ അവതാര രൂപമെടുത്ത് ഈ ഭൂമിയെ അനുഗ്രഹിക്കാൻ വരുന്നത് ഭാഗവതത്തിലെ ഒരു മനോഹരമായ ഭാഗമാണ് വരാഹാവതാര ഭാഗം ഈ കഥ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ ഭഗവാൻ കൽപ്പിച്ച പ്രകാരം ഭ്രഹ സൃഷ്ടി ആരംഭിച്ചുവെന്നാണ് അങ്ങനെ സൃഷ്ടിയൊക്കെ ആരംഭിച്ച് ആദ്യം തന്നെ സനൽകുമാരാദി മഹർഷിമാരെയൊക്കെ സൃഷ്ടിച്ചു ആദ്യം തന്നെ അതിനു മുമ്പ് കഥ പറയുന്നത് രുദ്രഭഗവാനോട് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞുവെന്നാണ് ചെയ്ത സൃഷ്ടിയൊക്കെ ആണെങ്കിലോ ഏറൊക്കെ രുദ്രഭഗവാന്റെ സ്വഭാവമുള്ള ഭീകരന്മാരൊക്കെ പുറത്തുവന്നത് ഈ രൂപങ്ങളെ കണ്ടപ്പോൾ ഉടനെ തന്നെ ബ്രഹ്മാവ് ബ്രഹ്മാവ് പറഞ്ഞു അയ്യോ രുദ്രഭഗവാനെ നിർത്തിക്കോളൂ നിങ്ങളുടെ സൃഷ്ടി ഇതൊന്നും വേണ്ടത് അവർക്ക് അപകടം പിടിച്ചതാണെന്ന് അന്നിട്ട് ആ കർത്തവ്യം ബ്രഹ്മാവ് ഏറ്റെടുത്തു ബ്രഹ്മാവ് തന്റെ സങ്കല്പത്തിൽ നിന്നും ആദ്യം നാരദർക്ക് ജന്മം നൽകി നാരദരോട് പറഞ്ഞ പുത്രാൻ നീ കല്യാണം കഴിക്കും പ്രതികളെക്കൊന്ന് വർദ്ധിപ്പിക്കുമെന്ന് ഉടനെ നാരദർ പറഞ്ഞു ഇവർ അച്ഛൻ തന്നെ ചെയ്താൽ മതി ഞാൻ അതിലൊന്നും തൽപ്പരുന്നല്ല ഞാൻ തപസ് ചെയ്യാൻ പോകണമെന്ന് അയാൾ തപസ് ചെയ്യാൻ വേണ്ടിപ്പോയി പിന്നീട് സനൽകുമാരാതി ആദ്യ സനൽകുമാരാതിരു തെറ്റി ഞാൻ പറഞ്ഞത് സനൽകുമാരാതി ഋഷീശ്വരൻ നാര സൃഷ്ടിച്ചു അവരാരും പുത്ര പുത്രോത്പാദനത്തിന് കല്യാണം കഴിക്കാനോ പുത്രോൽപാദനത്തിനോ തയ്യാറായില്ല പ്രജാവർധനയ്ക്കോ തയ്യാറായില്ല അതിനുശേഷം പിന്നീട് നാരദര് വരുന്നു അദ്ദേഹവും തയ്യാറായില്ല പിന്നെ സപ്തഋഷികളെ സൃഷ്ടിച്ചു തന്നാൽ അവരും തയ്യാറായി വന്നില്ല അപ്പോൾ ബ്രഹ്മാവന് തോന്നി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവരെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി ഇവർ സൃഷ്ടിക്കണമെന്ന് ഇങ്ങനെ എല്ലാ പെർഫെക്ഷനിലും വരെ സൃഷ്ടിക്കുന്നതുകൊണ്ടാണോ ഈ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊക്കെ ഉണ്ടാവുക കുഴപ്പത്തിലേക്ക് അവർ വരാത്തത് മനുഷ്യജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വെച്ചിട്ട് വേണം ഒരു ഐ സിയു മാറ്റിയിട്ട് വേണം വിറങ്ങണ്ടുവിട അങ്ങനെ നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ചു എന്നാണ് എന്താ സൃഷ്ടിയുടെ സൃഷ്ടിയുടെ പ്രത്യേകത അദ്ദേഹം ബ്രഹ്മാവ് വിചാരിച്ചു ഒരു കുറവ് നമ്മളിലുണ്ടാവണം എന്തെങ്കിലൊരു അഭാവം നമ്മളിലുണ്ടാവണം അങ്ങനെ സൃഷ്ടിച്ച ആദ്യത്തെ പുരുഷ സ്വയംഭൂവ മനുവും ശതരൂപാദേവിയും ഇവർ രണ്ടുപേരും പ്രകടമായപ്പോ ശതരൂപാദേവിയെ നോക്കിയപ്പോ സ്വായംഭൂവ മനുവിന് തോന്നി ഇവളെ എന്റെ കൂടെ ചേർത്തിയാൽ എന്റെ ജീവിതത്തിൽ സുഖം കിട്ടുന്നു അപ്പൊ സ്വതവേ സുഖമില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണല്ലോ അങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ടാവുക തമ്മിൽ തന്നെ സുഖമുണ്ടോ എന്ന ചിന്ത വരുമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവുമായിരുന്നില്ല ഇവളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവളെന്റെ കൂടെ ചേർന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം പരമസുഖമായിത്തീരുന്നു ശതരൂപാദേവിക്ക് തോന്നുമായിരുന്നു അത്രേ ഈ സ്വയംഭൂമനു എന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാനെന്നും സുരക്ഷിതയായിട്ടിരിക്കുന്നു അങ്ങനെ സൃഷ്ടിയിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കി വെച്ചു ഓരോ ആൺ ശരീരത്തിലും വേണ്ടത്ര സുഖമില്ലെന്നും സുഖം പുറത്താണെന്നുമുള്ള ഒരു ചിന്ത അതിൽ ക്രിയേഷൻ സൃഷ്ടിയിൽ തന്നെ ഉണ്ടാക്കിവെച്ചു ഓരോ സ്ത്രീയുടെ മനസ്സിലും താൻ സുരക്ഷിതയല്ലെന്ന തോന്നൽ അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചു അതുകൊണ്ടാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം ഇനി ഭർത്താവിന് പ്രായം കൂടും തോറും തനിക്കൊരു പുത്രം വേണം എങ്കിലൊരു ജീവിതം സുരക്ഷിതമായി തീരുമെന്ന ചിന്ത നമ്മളെ വല്ലാതെ വേട്ടയാടുന്നത് വാസ്തവത്തിൽ ഭർത്താവിന് വേണ്ടിയിട്ടോ കുട്ടിക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മൾ ജീവിക്കുന്നത് സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കാനാണെന്ന് നമ്മളാരും തിരിച്ചറിയുന്നില്ല ഇതുപോലെ ഭാര്യയെ കൊണ്ടു നടക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണെന്നൊരു ഭർത്താവ് തിരിച്ചറിയുന്നില്ല അവർ മാനസികമായിട്ടുള്ള ചില ചിന്തകളാണെന്നുള്ള പരമാർത്ഥം നമ്മളാരും തിരിച്ചറിയുന്നില്ല ഈ വൈകല്യങ്ങളോടുകൂടിയിട്ട് ആദ്യത്തെ സൃഷ്ടി വന്നു അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ആകർഷണത്വം തോന്നി ശതരൂപാദേവിക്ക് സ്വയംഭൂമനോടോടും സ്വയംഭൂമനവന് ശതരൂപാതി വീടും അവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തയ്യാറായി വിവാഹമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും താമസിക്കാൻ നോക്കുന്ന സമയത്ത് വീട് കാണുന്നില്ല ഉടനെ തന്നെ അച്ഛനായ ബ്രഹ്മാവനോട് ചോദിച്ചു അല്ലാച്ച ഞങ്ങളെവിടെയാ താമസിക്കുകയാണ് ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു ഭൂമിയിൽ പോയി താമസിക്കണമെന്ന് അല്ലാച്ച എവിടെ ഈ ഭൂമി എന്ന് ഇവരെവിടെയാ സൃഷ്ടിച്ചതെന്ന് ചോദിക്കരുത് അന്ന് ഭൂമിയെ കണ്ടില്ല എന്നാണ് പറയുന്നത് ഭൂമിയെ കാണാനില്ല നോക്കിയപ്പോ ഉടനെ ഇവർ പറഞ്ഞു അച്ചാ ഭൂമി കാണുന്നില്ലല്ലോ എന്ന് ആ സമയത്ത് ഭൂമിയെ നോക്കുമ്പോൾ കാണുന്നില്ല ബ്രഹ്മാവിന് വലിയ സങ്കടം ഇവർ കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു പ്രജാവർദ്ധനയ്ക്ക് തയ്യാറായിരിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കുക ഞങ്ങൾ ഏത് വീട്ടിലാ താമസിക്കാനാണല്ലോ ഇന്നത്തെ കാലത്തെ ചോദ്യം അവർക്ക് സെപ്പറേറ്റ് വീടിന് തൊടുത്തില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണെന്ന് ഏതായാലും ഇങ്ങനെ ചോദിച്ചതും ആ ബ്രഹ്മാവ് ധ്യാനനിരതനായി എന്ന് എവിടെയാണ് ഭൂമിയെ കൊണ്ടുവച്ചത് ആരാണ് കൊണ്ടുവച്ചതെന്ന് അദ്ദേഹത്തിന് ധ്യാനത്തിലൂടെ ബോധ്യം വന്നു അസുരന്മാരാണ് ഭൂമിയെ കൊണ്ടുവച്ചിരിക്കുന്നത് ആ സമയത്ത് ധ്യാനനിരതനായ ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ് ഭഗവാനെ ഇവരിത് ആ തയ്യാറായിട്ട് നിൽക്കുന്നു പക്ഷേ ഭൂമിയെ കാണുന്നില്ല അവിടുന്ന് അവതരിച്ചുകൊണ്ട് ഈ ഭൂമിയെ ഉയർത്തണം ഭഗവാനെ എന്ന പ്രാർത്ഥനാനിരനായ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും പെരുവിരലിന്റെ രൂപത്തിലൊരു സാധനം പുറത്തേക്ക് ചാടിയെന്നാണ് ആ ഭ്രമാവ് നോക്കിനിൽക്കെ ആ രൂപം അത് അത്ഭുതകരമായി വളർന്ന് വളർന്ന് വളർന്ന് തുടങ്ങി എന്നിട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് ആക്രോശിച്ചപ്പോ ഒരു പണ്ണിയുടെ ശബ്ദം അതിൽ നിന്ന് പുറത്തു വന്നപ്പോ അപ്പോഴേക്കും അവിടെ സനൽകുമാര ഋഷീശ്വരന്മാരും അതുപോലെ തന്നെ സപ്തർഷികളായ ഭൃഗു തുടങ്ങിയിട്ടുള്ള അത്തു തുടങ്ങിയിട്ടുള്ള മഹർഷിമാരും നാരദ മഹർഷിയൊക്കെ എത്തിച്ചേർന്നു അവർക്ക് മനസ്സിലായി ഈ രൂപം ഭഗവാന്റെ അവതാര രൂപം തന്നെയാണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചിരിക്കുകയാണ് അങ്ങനെ ഭഗവാൻ യജ്ഞവരാഹമെടുത്ത് ഈ ഭൂമിയെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ പ്രകടമായി അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് ഭഗവാനെ അങ്ങോട്ട് സ്തുതിച്ചു ആ സ്തുതിയിൽ അത്യന്തം പ്രീതനായി അവർ ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു ഭഗവാനെ അവിടുന്ന് യജ്ഞസ്വരൂപനാണ് യജ്ഞവരാഹമാണ് അവിടുന്ന് എല്ലാവരിൽ നിന്നും എല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടതിനെ നൽകാനായിട്ട് ഈ ഭൂമിയെ അനുഗ്രഹിക്കാനായിട്ട് അവഗണിച്ചു വന്നവനാണെന്ന് പറഞ്ഞ് ഭഗവാനെ ഒരു യജ്ഞരൂപമായി കണ്ടുകൊണ്ട് ഗുരുവായി കണ്ടുകൊണ്ട് അവർ വണങ്ങി നമസ്കരിച്ചപ്പോ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും നേരെ ഭൂമിയെ ഉയർത്താനായിട്ട് കാരണജലത്തിലേക്ക് ചാടിയെന്നാണ് സഹസ്രയോജനകളോളം വലിപ്പമുള്ള ഭഗവാന്റെ ആ ഭീവത്സമായ രൂപവുമായിട്ട് ഭഗവാൻ ചാടി നേരെ ഭൂമിയെ ഉയർത്താനായിട്ട് ആശ്രിയ ലോകങ്ങളിലേക്ക് ചെന്ന് തന്റെ കൊമ്പിലേക്ക് വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് അതാ അവിടെ വെച്ച് മറ്റൊരു സംഭവം നടക്കുന്നു വിധി എന്ന് സ്ത്രീ ഭർത്താവിൽ നിന്നും സ്വീകരിച്ച സന്ധ്യാസമയത്ത് സ്വീകരിച്ച ബീജം അത് രണ്ട് അസുരപുത്രന്മാരായി തീരുന്നുവെന്നും ആ അസുരപുത്രന്മാരെ നൂറ് വർഷം അമ്മ ഗർഭത്തിൽ കൊണ്ടു നടന്നു കാരണം പ്രസവിച്ച കുഴപ്പമാണ് നമ്മയ്ക്കറിയായിരുന്നു അന്നത്തെ കാലത്ത് അതൊക്കെ സംഭവിക്കും ഇന്നത്തെ കാലത്ത് അഞ്ചാ കീറി മുറിച്ച് പുറത്തെടുക്കും അന്നങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമായിരുന്നു ഏതായാലും രണ്ടുപേരും പുറത്തു വന്നപ്പോൾ ഹിരണ്യാച്ചൻ എന്ന് പറയുന്ന അസുരൻ കൈമുഷ്ടിയൊക്കെ ചുരുക്കിക്കൊണ്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ കൈവല്ലാതെ ചൊറിയനും ആരെ ഞാൻ എടിക്കേണ്ടതെന്ന് എനിക്ക് വല്ലവരേക്ക് ഇടിക്കണമെന്ന് ഉണ്ട് അമ്മ പറഞ്ഞു എന്നെ അച്ഛൻ ഒഴിച്ചിട്ട് ബാക്കി ആരെ വേണമെങ്കിലും ഇടിച്ചോളൂ എന്ന് ഞങ്ങളിതിൻ്റെ രക്ഷിതാക്കളല്ലേ ഞങ്ങൾ ഓഹക്കിക്കോളൂ എന്ന് ഇവൻ ആ കൈമുഷ്ടിയും കൊണ്ട് നേരെ പോകുന്നത് വരുണലോകത്തിലേക്കാണ് വരുണൻ കണ്ടതും പേടിച്ചോടാൻ തുടങ്ങി വരുണോടൊരു നിന്നെ ഇടിക്കില്ല എന്നീ പറഞ്ഞാൽ മതി എനിക്ക് പറ്റിയ ആളാരാണെന്ന് അവസാനം വരണം പറഞ്ഞത് എനിക്ക് പറ്റിയത് സാക്ഷാത് ഹരി തന്നെയാണ് എവിടെയാണ് ആ ഹരിയെ കാണാൻ ഇപ്പൊ പറഞ്ഞതായിരുന്നു ഉടനെ പറഞ്ഞു ഹരിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തി നാരദമാഷിയാണ് അല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു ഞാൻ എവിടെയാണ് നാരദരെ എന്ന് വെച്ചു ആ സമയത്ത് നാരദരാ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഓടി നാരതർ ഓടാൻ തുടങ്ങി ഓടണ്ട ഓടണ്ട ഓടണ്ട ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല എനിക്ക് ഹരി എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഓ ഹരിയെ അന്വേഷിച്ചാണോ നീ നടക്കുന്നത് അതിത്രയും ബുദ്ധിമുട്ടാണ് നേരെ മുകളിലേക്ക് നോക്കിക്കൊള്ളൂ നോക്കുമ്പോ കാണുന്ന എന്താണ് ഭീഭത്സമായ ഒരു രൂപവുമെടുത്തിട്ട് ഭഗവാൻ തന്റെ കൊമ്പിൽ ഈ വലിയ ഭീമാകാരനായ ഭൂമി ഉയർത്തിയിങ്ങനെ മുകളിലേക്ക് അത് കണ്ടതും ആ അസുരനുറക്കം വിളിച്ചുവരെയാണ് ഏ പന്നി അവിടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഹരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഗീതക്കൾ ഈ പന്നിയുടെ രൂപത്തിലാണ് ഹരി വരികൻ ഇപ്പോഴെല്ലേ മനസ്സിലായത് എടുക്കുന്ന നല്ല രൂപമൊക്കെ എടുത്തുകൂടായിരുന്നു എന്ന് എന്ന് ഭഗവാനെ കളിയാക്കാൻ തുടങ്ങി ഭഗവാൻ പറഞ്ഞു എടാ നിന്നപ്പോലുള്ള കാട്ടുമൃഗങ്ങളെ കൊല്ലാമെന്ന പന്നിയേടാ ഞാൻ അത് കൊണ്ടുവച്ചിട്ട് എനിക്ക് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്റെ കൊമ്പുകളിൽ ആ ഭൂമിയെടുത്തുകൊണ്ടുപോകും ഭൂമിദേവി അപ്പോഴേക്കും കരയാൻ തുടങ്ങി ഭൂമിദേവിയോട് ഒന്ന് കരയേണ്ട കരയേണ്ട ഞാൻ കൊണ്ടുവയ്ക്കാണ് അങ്ങനെ സ്ഥാനത്ത് കൊണ്ടുവച്ച് അവിടെ വച്ച് ഹിരണ്യാക്ഷനുമായി ഘോരയുദ്ധം ചെയ്തു എന്ന് ആദ്യം ഗത കൊണ്ടൊക്കെ യുദ്ധം ചെയ്തു ആ ഹിരണ്യാക്ഷൻ തന്റെ ശക്തമായ പ്രഹരം കൊണ്ട് ഭഗവാന്റെ ഗത തട്ടിയെടുത്തു തട്ടിത്തെറിപ്പിച്ചു ഭഗവാൻ തോട്ടന് മുതലൊക്കെ അഭിനയിച്ചു ആ സമയത്ത് അവൻ പറയാനാണ് ഹിരണ്യാശം പറയുന്ന നിനക്ക് കഥയില്ലെങ്കിൽ എനിക്കും കഥ നീ അങ്ങനെ ഞാൻ നിന്റെ മുന്നിലും മോശക്കാരനാവാൻ പാടില്ലല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ല യുദ്ധം ചെയ്ത് കുറേ കഴിഞ്ഞപ്പോ സന്ധ്യയാവാൻ തുടങ്ങി സന്ധ്യ കഴിഞ്ഞ അസുരന്മാർക്ക് ശക്തിയാവും ഏറെക്കുറെ ഈ സമയം തന്നെയാണ് തോന്നുന്നത് ആറ് മണിക്ക് പത്ത് മിനിറ്റുള്ളപ്പോ അവര് ദേഹന്മാര് ഭഗവാനോട് വന്നു അല്ലാതെ കാത്തിരിക്കേണ്ട ഇനി സന്ധ്യയായാൽ അവർ ശക്തി അതുകൊണ്ട് എത്രയും വേഗം ആ സൂര്യൻ മുമ്പ് ഭഗവാനെ അവനെ ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ വച്ച് ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലയുദ്ധം ചെയ്ത് ഭഗവാന്റെ ആഞ്ഞൂങ്ങിയ പ്രഹരത്തിൽ കുറെ കഴിഞ്ഞപ്പോ അവനങ്ങനെ തോൽക്കാൻ തുടങ്ങി പിന്നെ ഭഗവാൻ ശക്തമായൊരു പ്രഹരം ചെയ്തതോടുകൂടിയിട്ട് അവൻ മലർന്നടിച്ച് വീണുവെന്നാണ് അങ്ങനെ ഭഗവാൻ വരാഹരൂപമെടുത്ത് ഭൂമിയെ ഉയർത്തുകയും ഹിരണ്യാച്ചനെ വധിക്കുകയും ചെയ്ത് അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോയി എന്നതാണ് വരാഹ അവതാര കഥാനപരിയെന്ന് അങ്ങനെയുള്ള വരാഹത്തെ വിളിക്കുന്ന പേര് യജ്ഞവരാഹം എന്നാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള ജീവിത രീതിയാണ് യജ്ഞം എന്ന് പറയുക എന്താണ് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് നന്മയുള്ള കാര്യങ്ങളോടും സഹകരിച്ച് അതിനോട് പ്രവർത്തിച്ച് നല്ലതിനു വേണ്ടി പങ്കിട്ട് മുന്നോട്ടു പോകുന്നൊരു ജീവിതം നമ്മുടെ പൂർവികന്മാർക്ക് രണ്ട് സംസ്കാരമുണ്ടായിരുന്നു ഒന്ന് നല്ലതിനോടൊക്കെ സഹകരിക്കുക രണ്ട് കയ്യിലുള്ളതൊക്കെ ദാനം ചെയ്യുക അന്നത്തെ ജീവിതം അങ്ങനെയായിരുന്നു പ്രിയാണ് ഒരു നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വഴിയോരങ്ങളിൽ ദാഹവെള്ളം വെച്ചുകൊണ്ട് മോര് വെച്ചുകൊണ്ട് ഫലങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു സംസ്കാരം ഈ ഭാരതത്തിൽ നിലനിന്നിരുന്നു ആര് വീട്ടിൽ വന്നാലും അതിഥിയെ പൂജിച്ചുകൊണ്ട് അതിഥിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നു മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് ഏറ്റവും മഹത്വമാർ സംസ്കാരമായി കണ്ടൊരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം അതുകൊണ്ട് ഇവിടെ പറയും വിദ്യാദാനം ദാനമായിട്ടാണ് വിദ്യയെ പറയാറ് വിദ്യ സെയിൽസ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല അതിനെ സെയിൽസ് ആക്കി മാറ്റിയത് പാശ്ചാത്യരാണ് അന്നദാനം ആ പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ വസ്ത്രദാനം എല്ലാം ദാനങ്ങളാണ് ഒന്നും സെയിൽസ് ആയിരുന്നില്ല അവിടെ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം മുഴുവൻ ദാനത്തിലൂന്നിയതായിരുന്നു ഇവിടെയില്ലാത്തത് ഇവിടെ ഉള്ളത് മറ്റൊരാൾക്ക് ദാനം ചെയ്യുക അവിടെയുള്ളത് ഇങ്ങോട്ട് ദാനം ചെയ്യുക അങ്ങനെ എല്ലാവരും കൂടി കൈവശമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ദാനം ചെയ്ത് ശ്രേയസിലേക്ക് ഉയരുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു പറയാണ് പിന്നീടാണ് പാശ്ചാത്യ ബ്രിട്ടീഷ് സംസ്കാരത്തിനൊക്കെ ശേഷമായിരിക്കാം ഇവിടെ ഈ സെയിൽസ് എന്നുള്ള എന്താണ് കൺസ്യൂമർ റിലേഷൻ കൊണ്ടുവന്നത് നിങ്ങൾ പണം തരുമോ ഞങ്ങൾ നിങ്ങൾക്ക് സാധനം തരാങ്ങൾ ഈ നോട്ടിലേക്കൊക്കെ സംസ്കാരം അതപ്പതിച്ചു പോയത് പ്രിയാണ് ഭാരതത്തിന്റെ സംസ്കാരം പോലെ ഉന്നതരുമായ സംസ്കാരം ലോക ചരിത്രത്തിലെ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല ദാനത്തിലും അതുപോലെ തന്നെ സഹകരണത്തിലും ഊന്നിയൊരു ജീവിതം എവിടെ നല്ല കാര്യങ്ങളുണ്ടോ അതിനോട് സഹകരിക്കുമായിരുന്ന ഒരു സംസ്കാരം അങ്ങനെ എന്തിനാണ് അങ്ങനെ സഹകരിക്കുന്നത് സഹകരണത്തിലൂടെ മാത്രമേ ഒരു ജീവിത സിസ്റ്റത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ പൂർവികന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉദാഹരണത്തിൽ ട്രാഫിക് നിയമം ആ ട്രാഫിക് നിയമത്തോട് എല്ലാവരും സഹകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എത്തേണ്ടടുത്ത് എല്ലാവർക്കും എത്താം എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അൽപ്പസ്വാർത്ഥത വന്നാൽ അയാൾ സിസ്റ്റത്തെ തെറ്റിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഭാരമായി തീരും ഇത് മേലൊരു കുടുംബ ജീവിതം ഒരു കൂട്ടുകുടുംബ ജീവിതം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുതിർന്ന ഒരാൾ പറയുന്നത് അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ പങ്കിട്ടെടുത്തുകൊണ്ട് ജീവിച്ചതുകൊണ്ട് ചെറിയ വീടുകളിൽ കൂടുതൽ അംഗങ്ങൾക്ക് നിലനിൽക്കാൻ ഈ കേരള മണ്ണിൽ സാധിക്കുമായിരുന്നു ഇല്ലേ സാധിച്ചൊരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇല്ല എന്ന് ആർക്കൊന്നും പറ്റില്ല എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം മുഴുവൻ സ്വാർത്ഥതയിലൂന്നി വന്നതുകൊണ്ട് വീടുകൾ വലുതാണ് പക്ഷേ താമസിക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല അവരെയാണ് മനസ്സുകൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല സ്വാർത്ഥത കൂടും തോറും കൂടും സ്വാർത്ഥത കൂടുന്തോറും അടുപ്പം കൂടും സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിനെ പരസ്പരം അകത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ പൂർവികന്മാരാണ് നമ്മുടെ പൂർവികന്മാർ അതുകൊണ്ട് ആ മനസ്സിനെ മൃഗീയ മനസ്സിനെ നശിപ്പിക്കണം അങ്ങനെയുള്ള മാർഗമെന്താണ് ഭക്തിയിലൂന്നിയൊരു ജീവിതം ഈശ്വരമായ ഈശ്വരീയമായ സംസ്കാരത്തിലൂന്നിയൊരു ജീവിതം നിങ്ങൾ നാല് ദിവസം ഇവിടെ സപ്താഹത്തിന് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിരുന്ന സീറ്റിൽ ആരെങ്കിലും കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റില്ല ആ സ്വാർത്ഥതയുണ്ടല്ലോ അതിന്റെ സീറ്റിനോടുള്ള പിടുത്തം ഉറപ്പിക്കും ഇവരെങ്ങനെ എന്റെ സീറ്റിൽ കയറിയിരിക്കുകയാണ് ഈ സ്ഥലം ഒരു നടപടിയാണെന്നും അത് ചേർ വാടകയ്ക്കെടുത്താണെന്നും ഒക്കെ നമ്മൾ മറന്നു പോകുന്നവരെയാണ് അപ്പോഴേക്കും ആ സ്വാർത്ഥത നമ്മളെ അതിനോടുള്ള ആ പിടുത്തം നമ്മളെ ഉറപ്പിച്ചു വെച്ചിരിക്കും പറയുന്നത് ശരിയല്ല ഇത് നിങ്ങൾ അപ്പൊ നമ്മളിലൊക്കെ സ്വാർത്ഥത പ്രബലമാണെന്ന് പറയാണ് സ്ഥലം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതൊന്നും മറ്റൊരാൾ തൊഴുന്നത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പിന്നെ ഇങ്ങനെ ഈ ലോകം നേരെയാവാൻ പോകുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സപ്താഹമൊക്കെ കേൾക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു പടിയെങ്കിലും ഒരു അടിയെങ്കിലും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല ഈ സപ്താഹം കേട്ടതുകൊണ്ടും വലിയൊരു മാറ്റമൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അത്രയാണ് അപ്പോ സ്വാർത്ഥതയാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയാനും അതിനെ നശിപ്പിക്കാനുള്ള മാർഗം നല്ലതിനൊക്കെ സഹകരിക്കുക കഴിയുന്നത്ര നല്ലത് കൊടുത്തുകൊണ്ട് കഴിയിലുള്ളത് പങ്കുവച്ചത് പങ്കുവച്ചുകൊണ്ട് എല്ലാവരെയും നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുർഗതി ഉണ്ടാവില്ല അതോഗതി ഉണ്ടാവില്ല ഉന്നതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് യജ്ഞത്തിന്റെ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ ഗീതയിൽ പറയും എന്താണ് യജ്ഞം എന്ന് നന്മ നിറഞ്ഞവരായി തീരണമെങ്കിൽ നന്മയിലേക്ക് സഹകരിക്കണം നന്മയിലേക്ക് വേണ്ടത് പങ്കിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാവരും പങ്കുവച്ചും എല്ലാവരും സഹകരിച്ചും മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും നന്മയുള്ളതായി തീരുന്ന പറയാണ് നമ്മുടെ മലയാളത്തിലൊരു കവിത പറയും മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യം ആ കല്ലിലേക്ക് മുല്ലപ്പൂവിന്റെ മണമേൽക്കുമ്പോ ആ കല്ലിലും കുറേയൊക്കെ മുല്ലപ്പൂവിന്റെ വാസന വരുന്നത് പോലെ നല്ലതിനോട് സഹകരിക്കുമ്പോ ഏത് സ്വാർത്ഥത നിറഞ്ഞ മനസ്സിലും നന്മകൾ വന്ന് നിറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ ആ മനസ്സുകൾക്ക് പരിവർത്തനം വരും അതുകൊണ്ടാണ് ദുഷ്ടനും നീചനുമായ ഒരു രക്താകരൻ നല്ല മനസ്സുള്ളൊരു നാരദമഹർഷിയുമായിട്ട് സമ്പർക്കം വന്നപ്പോ അയാളുടെ മനസ്സിലേക്ക് ആ നന്മകൾ വന്നൂപ്രിയാണ് നിക്ക് ഭാഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോൾ ഒരു വേശിയായ പിങ്കളുടെ കഥ പറയും ആ പിങ്കളെ എപ്പോ എന്ന് പറയുന്ന ഋഷീശ്വരൻ കാണുന്നുവോ ആ ദത്താത്രേയന്റെ മഹ മനസ്സുമായിട്ടെപ്പോ കൂടിച്ചേരുന്നുവോ ആ സമയം വേശ്യ പരിവർത്തനം വന്ന് ഒരു ഉത്കൃഷ്ടയായി തീരുന്നോപ്രിയാണ് ഒരു ഗുരുവിന് തുല്യായി തീരുന്നോപ്രിയാണ് അങ്ങനെയൊക്കെ കഥകൾ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഓർമ്മിപ്പിക്കാനാണ് പക്ഷേ നല്ല മനസ്സുള്ള ഒരാള് തിന്മയുള്ള മനസ്സിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല മനസ്സിൽ നിന്നും അതിൽ തിന്മയിലേക്ക് അതപ്പതിക്കുമെന്ന് അജാമളിന്റെ കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എത്രയോ നല്ല സംസ്കാരമുള്ള ജന്മം എടുത്തിട്ടും ഒരു വേശിയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഉയരുന്നതിന് പകരം അതപ്പതിച്ചു പോയൊരു കഥ അതും ഭാഗവതത്തിലുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്ന് നമ്മുടെ മനസ്സിനെയാണ് നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത് അതിനെ നശിപ്പിക്കുന്ന മനസ്സിനെ നമ്മളെ നശിപ്പിക്കുന്നതൊക്കെ നമ്മളിരിക്കുന്ന സ്വാർത്ഥതയാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വ അർത്ഥം ജ്ഞാനുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം അതാണെന്ന് ഇത് എല്ലാവരുടേതുമാണ് ഇത് ഈശ്വരൻ തൽക്കാലം ഉപയോഗിക്കാൻ തന്നതാണ് എന്ന ഭാവനയോടുകൂടിയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാർത്ഥത എത്ര കണ്ട് കുറയ്ക്കാൻ സാധിക്കുമോ എത്ര കണ്ട് നല്ല കാര്യങ്ങളോട് സഹകരിക്കാൻ സാധിക്കുമോ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് പങ്കുചേർന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ അത്ര കണ്ട് നമ്മളിൽ സ്വാർത്ഥത കുറയുമെന്നും സ്വാർത്ഥത കുറയും തോറും നമ്മൾ ഓരോരുത്തരും ഉത്കൃഷ്ടതയിലേക്ക് ഉയരുമെന്നും ഉത്കൃഷ്ടതയിലേക്ക് ഉയരുന്ന ഒരാൾക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ലെന്നും ഭാഗവതം പറയുന്നു സ്വാർത്ഥതയോടുകൂടിയിട്ടൊരു വ്യക്തി മരിച്ചുപോയാൽ വീണ്ടും മൃഗത്തിന്റെ ജന്മമെടുക്കണം എന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ സംസ്കാരം മൃഗീയമായതുകൊണ്ട് മൃഗങ്ങളിലേക്ക് അവൻ അങ്ങനെ മൃഗത്തിന്റെ സംസ്കാരമെടുത്തവരാണ് ആസുതിക സംസ്കാരമുള്ളവര് അങ്ങനെയാണ് ഹിരണ്യാക്ഷനും കിരണ്യകശിവും ഉണ്ടായതെന്ന് ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കണം അപ്പൊ ഇതെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് നാളെ രാവിലെ നമുക്ക് നോക്കാം എന്താണ് സൃഷ്ടി അതുപോലെ തന്നെ എന്താണ് യജ്ഞം എങ്ങനെയാണ് യജ്ഞ ജീവിതം നമ്മൾ നയിക്കേണ്ടത് ഇത് കഴിഞ്ഞ് നാളെ രാവിലെ കാണേണ്ട ഭാഗമാണ് കാബിലീയോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗം പിന്നെ ദക്ഷന്റെ കഥ അത് ധ്രുവചരിതം അത് കഴിഞ്ഞ് നാളെ പുരഞ്ജുരോപാഖ്യാനം ഇതെല്ലാം കഴിഞ്ഞ് അഞ്ചാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടക്കും അങ്ങനെ ആ ഭാഗങ്ങളൊക്കെയാണ് നാളെ നമുക്ക് കാണാനുള്ളത് ഇതെല്ലാം നാളത്തേക്ക് വെച്ചുകൊണ്ട് സർവ ഗോവിന്ദമസീർത്തനം ഗോവിന്ദറായണ നാരായണ നാരായണ നാരായണ ാരായണ uh, you know. കൂടിയ പാളുതരാം വെണ്ണ തരാം ഓമന കണ്ണ പാളുതരാം വണ്ണതരാം ഓമന കണ്ണ പാൽ തരാം വെണ്ണ തരാം ഓമന കണ്ണ പാൽ തരാം വെണ്ണ avilumala sarkaray medikkanan avilumala sarkaray medikkanan avilumala sarkaray medikkanan avilumala sarkaray medikkanan ammaadi kona കണ്ണനി ഓടൽ കുഴലൂരിയോടിവാണി കണ്ണനി ആലില കണ്ണനി ഓടൽ കുഴലൂതിയോടിവ ഉണ്ണിയായി നടനോടും കണ്ണി കണ്ണ ഉണ്ണിയായി നടനോടും കണ്ണി കണ്ണ ോടും കൺബളി കണ്ണ ഉണ്ണികൾ കാശ്രയമാുന്ദര കണ്ണ ഉണ്ണികൾ സുന്ദര കണ്ണ ഉണ്ണികൾ സുന്ദര കണ്ണ ഉണ്ണികൾ സുന്ദര കണ്ണ അമ്പി കണ്ണാനി കണ്ണനെ ഓടർ പുരുദനൂരിയോടിവാടി കണ്ണാനി ആ കണ്ണനീ ഓടർ പുരുദനൂതിയോടിവാണിന്ദി പൊളിനത്തിൽ ആടിയ കണ്ണ കാളി പൊളിനത്തിൽ ആടിയ കണ്ണ ഗാളിന്ദി പൊളിനത്തിൽ ആടിയ കണ്ണ ഗാളിമി പൊളിനത്തിൽ ആടിയ കള്ള ഗാളിയ നർത്തനം നന്ദന കണ്ണ ഗാളിയ ലർത്തനന്ദന കള്ള ഗാളിയ നർത്തനം നന്ദന കണ്ണ ഗാളിയ ലർത്ത നന്ദന കണ്ണ അമ്പാടി കണ്ണന ആ കണന ഓട കൂടലൂതി ഒടിവാ അമ്പാടി കണ്ണന ആയി ലോട കൂ ലൂപി ഓടിവാ ഗോപീ ലോല മോഹന കണ്ണ ോപീ ലോലല മോഹന കണ്ണ ഗോപീ ലോല മോഹന കണ്ണാ ഗോപീ ലോല മോഹന കണ്ണ രാസവിഹാരധാക രാസവിഹാരധാകണ്ണ रास विहारा राधा कणा रास विहारा राधा कन्या अंबाड़ी कणाली आली लणा ने को दिल योड़ अंबाड़ी कणली आलीला ഓട കൂഴ ലോദിയോടിവാ അമ്പാടി കണ്ണാനി ആലില കണ്ണാനി ഓട കോഴ ലോദിയോടിവാ അമ്പാടി കള്ളലി ആലില കള്ളലി ഓട കൂഴ ലോദിയോടിവാ അമ്പാടി കണ്ണാനി കണ്ണാനി ഓടക്കൂഴലോദിയോടിവാ അറിവാളിൽ കണ്ണാനി ആലില കണ്ണാനി ഓടക്കൂഴലോദിയോടിവാ ഓണക്കൂഴലോദിയോടിവാത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായ നാരായണ നാരായണ നാരായണ നാരായ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ാരായണ നാരായണ നാരായണ നാരായണ നാരായ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ narayan narayan narayan narayan narayan narayan narayan narayan narayan narayan narayan narayan ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഗോവിന സംോവിന്ദ ഓം നമോ ഭഗവതദേയ ഓ നമോ ഭഗവതുദേ നമോ ഭഗവത്തെ വാസുദേ നമോ ഭഗവതുദേ ം നമോ ഭഗവതേ വാസുദേവാ ഓ നമോ ഭഗവതദേ നമോ ഭഗവേ വാസുദേ നമോ ഭഗവുദേ നമോ ഭഗവതേ വാസുദേ ം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ഓ നമോ ഭഗവതേ വാസുദേവാ ം നമോ ഭഗവതേ വാസുദേ നമോ ഭഗവതേ വാസുദേ നമോ ഭഗവതേ വാസുദേ നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവരെ വാസുദേം നമോ ഭഗവതേ വാസുദേവാ ഓ നമോ ഭഗവതേ വാസുദേ നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവാ ം നമോ ഭഗവതേ വാസുദേ നമോ ഭഗവതേ വാസുദേവാ സൃര ശംഭോരുദ്രമഹദേ ശങ്കദ്ര മഹാദേവ ഹര ഹര രുദ്രമഹ ശിവശിവരുദ്ര മഹാദേ ശംഭോരുദ്രമാ സങ്കരരുദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേ ദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേ ശിവരുദ്ര മഹാദേദ്ര മഹാദേവ സങ്കര രുദ്ര മഹാദേ ഹര ഹര രുദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേവോരുദ്ര മഹാദേവ ോദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവ ശിവരുദ്ര മഹാദേവ ശമ്പോരുദ്ര മഹാദേവ ശര രുദ്ര മഹാദേ ഹര ഹര രുദ്ര മഹാദേവ ശിവ ശിവരുദ്ര മഹാദേവ ാദേവരോദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേ സംഭോ രുദ്ര മഹാദേവരോദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേവ ശമ്പോ രുദ്ര മഹാദേവ ശരരുദ്രമഹര രുദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേ ശംഭോരുദ്ര മഹാദേവ ശങ്കരരുദ്ര മഹാദേവ ഹര ഹര രുദ്ര മഹാദേവ ശിവശിവരുദ്രമാ ശമ്പോ രുദ്ര മഹാദേവ ശംബര രുദ്ര മഹാദേ ഹര ഹര രുദ്ര മഹാദേ ശിവരുദ്രമാദേവ ശംഭോ രുദ്ര മഹാദേവ ശങ്കര രുദ്രമഹാദേവ ഹര ഹര രുദ്രമഹാദേവ ശിവശിവരുദ്ര മഹാദേവ സംഭോരുദ്ര മഹാദേവ ശര രുദ്രമഹാദേദ്ര മഹാദേവ ശിവ ശിവരുദ്രമാദേവ സംഭോരുദ്രമഹാദേവ ശര രുദ്ര മഹാദേദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേ ശംഭോരുദ്ര മഹാദേവ ശങ്കര രുദ്ര മഹാദേദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേവത്രോവിന്ദനാമ സങ്കീർത്തന ഗോവിന്ദ പുര ചരണം മേ തവ ചരണയുഗം പവന പുരേചാരാധ കൃഷ്ണ ചരണേ തവ ചരണയുഗം ദുരി മഹേശുരി പാർവതി ശങ്കർ ശരണേ തവ ചരണയുഗം സാമ്പ സദാശിവംഭോ ശർ േ തവ ചരണയുഗം ഹരിഹരപുത്ര ആശി വൽസം നേ തവ ചരണുഗം രാധാരമണ രണംവ ചരണയുഗം പവനപുരീചാരാധാകൃഷ്ണ ശരണം മേതവ ചരണയുഗം ശരണംവ ചരണയുഗം സർത്ര ഗോവിനാമ സങ്കീർത്തനം ഗോവിന്ദ തുടർന്ന് കാലത്ത് ആറുമണി മുതൽ നമ്മൾ ആരംഭിക്കും